multimod wrote poisons of the worshipbird pecaks Lecture and TV മി പ്രതിഷിദ്ധിയോനാരംഭാധിത നിത്യനുഷ്ഠാന പ്രത്യവായ്മസ്ഥാനം നിർദ്ദേശം ഭാഷകാരൻ കർമ്മം കൊണ്ട് മോക്ഷം എന്നുള്ള ഇതിനെ നിഷേധിക്കും കർമ്മം കൊണ്ട് മോക്ഷം സാധ്യമല്ല കർമ്മം കൊണ്ടെങ്ങനെ സ്വത്മന്യവസ്ഥാനം മോക്ഷം കർമ്മങ്ങളെല്ലാം ഒടുങ്ങി ആത്മനിഷ്ഠമാകുക അതാണ് മോക്ഷം കാരണം ജന്മത്തിന് കാരണമായിരിക്കുന്ന കർമ്മങ്ങളാണ് അപ്പൊ കർമ്മങ്ങളങ്ങ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ജന്മമില്ല അതാണ് മോക്ഷം ഇതിനാരംഭവാദം ഐകഭവികവാദം എന്ന നമ്പറിൽ പാർത്തികത്തിൽ ശ്രീശ്വരാചാര്യ സ്വാമികൾ ഇതിനാണ് പ്രധാനമായിട്ടും നിഷേധിക്കുന്നത് ഭാഷകാരന് മുമ്പ് മീമാംസകരിൽ ചില ആൾക്കാർ ശ്രീശ്വരാചാര്യർ മുമ്പ് മീമാംസകനായി അവരുടെ ചിന്താഗതിയിലായിരുന്നു കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക കാമ്യ നിഷിദ്ധങ്ങള് ഒഴിവാക്കുക നിഷിദ്ധം അരുതാത്തത് അതെല്ലാവർക്കും സ്ഥിതി കാര്യമാണ് അരുതാത്തത് ഒഴിവാക്കുക അപ്പതിന്റെ ദോഷങ്ങളൊന്നും വരത്തില്ല കാമ്യം ശ്രദ്ധത്തെയും മറ്റും ചെയ്യുന്ന എന്തെങ്കിലും ഫലത്തെ ആഗ്രഹിച്ച പ്രവൃത്തികൾ അത് മായ കർമ്മങ്ങളാണ് കർമ്മങ്ങൾ വൈദികമായാലും ലൗകികമായാലും അതിന്റെ സ്വഭാവത്തിന് മാറ്റമുണ്ട് വൈദികമായി ഉണ്ട് നിഷിദ്ധവും കാമ്യവും ലൗകികമായിട്ടുമുണ്ട് കാമ്യവും നിഷിദ്ധവും ലൗകികമായ കർമ്മങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ച പ്രവൃത്തി പ്രവൃത്തികൾ അതിനുപേക്ഷിക്കുക നിഷിദ്ധമായതിനുപേക്ഷിക്കുക കേൾക്കുമ്പോൾ വളരെ സരളമാണെന്ന് തോന്നുന്നു ആർക്ക സ്വീകാര്യമായ കാര്യമാണ് ഇത് രണ്ടും ഒഴിവാക്കുക പിന്നെ എന്താണ് ഇത് രണ്ടും ഒഴിവാക്കാൻ പിന്നെ ശേഷിക്കുന്ന കർമ്മ നിഷിദ്ധമായതിനെ ഒഴിവാക്കുന്നു സ്വാർത്ഥപരമായതിനെ ഒഴിവാക്കുന്നു അപ്പോൾ ശേഷിക്കുന്നത് വൈദികമായിട്ടാണെങ്കിൽ നിത്യകർമ്മങ്ങൾ മീമാംസകരുടെ കുമാരലഭട്ടന്റെ മീമാംസകരുടെ മുഖ്യം കുമാരലഭട്ടനാണ് ഭാട്ടമകം എന്ന് പറയും അനുസരിച്ച് നിത്യകർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ പ്രത്യവായു ദുഃഖം ചെയ്താൽ പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല ലൗകികമായിട്ടാണെങ്കിൽ സാ നമ്മൾ പറയാറുണ്ട് സെൽ പ്രവൃത്തി ചെയ്യുക എന്നാൽ അത് ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യുക നിസ്വാർത്ഥമായി ചെയ്യുക എന്നുള്ളത് സ്വാർത്ഥതയില്ലാതെ ചെയ്യുക സ്വാർത്ഥതയില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾ അപ്പൊ സ്വാർത്ഥതയില്ലാത്ത ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുമ്പോൾ പരാർത്ഥമായി ചെയ്യുന്ന പ്രവൃത്തികൾ സ്വാർത്ഥതയില്ല എന്ന് പറഞ്ഞാൽ പരാർത്ഥത അന്യർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ സത്കർമ്മങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുക അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അയത്നദേവ മറ്റൊന്നിന്റെ ആവശ്യമില്ല സ്വാഭാവികമായിട്ടും ഈ ശരീരനാശത്തോടുകൂടി മോക്ഷം സംഭവിക്കും ഇത് സാധാരണഗതിയിൽ നമുക്കും ശരിയെന്ന് തോന്നുന്ന കാര്യമാണ് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുക അങ്ങനെ പ്രവർത്തിച്ചാൽ എനിക്ക് കാമനകളൊന്നുമില്ലല്ലോ കർമ്മം ഫലത്തെ ഉണ്ടാക്കുന്നില്ല ഈ ശരീരം ഒടുങ്ങുമ്പോൾ മോക്ഷം ഇതിനെ നിശ്ചയിക്കുന്നു എന്തുകൊണ്ട് കർമ്മനേകത്വ അതിനു വിശദീകരിക്കുന്നു മോക്ഷം ഇതുകൊണ്ട് സാധ്യമല്ല എന്തുകൊണ്ട് അനേകാനി ആരംഭ ഫലാനി അനാരബ്ദ ഫലാനി ച അനേക ജന്മാന്തരകൃതാനി വിരുദ്ധ ഫലാനി കർമാണി സംഭവം കർമ്മങ്ങൾ എങ്ങനെ ഒരു ജീവൻ സ്ഥിതി ചെയ്യുന്നു ആരബ്ദഫലാനി അനാരബ്ദ ഫലാനി ആരബ്ദലമായ കർമ്മങ്ങൾ അതാനിപ്പോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശരീരം സ്ത്രീ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ഈ ശരീരം സ്വീകരിക്കുന്നതിന് കാരണമായിരുന്ന കർമ്മം അത് ഫലം കൊടുക്കുന്നു ആരബ്ധലം ആ കർമ്മങ്ങൾ ഫലം കൊടുക്കാൻ തുടങ്ങിയൊക്കെ ശരീരം കിട്ടി അനാരബ്ദ ഫലി കർമ്മങ്ങളുണ്ട് ഫലം കൊടുക്കാൻ വേണ്ടി അനേക ശരീരങ്ങൾക്ക് ഫലമെന്ന് പറയുന്നത് മുഖ്യമായ ശരീരമാണ് ഈ ശരീരത്തിന് ഹേതുവായ കർമ്മങ്ങൾ എന്തൊക്കെയാണോ അതിന്റെ ഫലമായി ശരീരം കിട്ടി പക്ഷെ ഇതുപോലെ അനേക ശരീരങ്ങൾക്കുള്ള കർമ്മങ്ങൾ സഞ്ചിതമായിരിക്കും കർമ്മ സംസ്കാരം കർമ്മ സംസ്കാരം അന്ധകർണത്തിൽ ഇരിക്കും സൂക്ഷ്മരൂപത്തിലിരിക്കുന്നു അതെവിടുന്ന് വന്നു അനേക ജന്മാന്തര കൃത്താനി ജന്മം അനന്തമാണ് അനാദിയായ അനേക ജന്മങ്ങൾ ചെയ്ത ആ കർമ്മങ്ങളിരിക്കുന്നു അതും വിരുദ്ധഫലാന് ബ്രഹ്മഹത്യാപാപം ചെയ്താൽ അതിന്റെ പാപഫലം അതിരിപ്പുണ്ട് ജ്യോതിഷം അനുഷ്ഠിച്ചാൽ സ്വർഗഫലം വിരുദ്ധ ഫലങ്ങളുള്ള അനേക കർമ്മങ്ങൾ ഒരു ജീവനിലിരിക്കുക അതിൽ നിന്ന് ഈ ശരീരത്തിന് ഹേതുവായ കർമ്മങ്ങളിൽ നിന്നും ഈ ശരീരം കൊടുത്തു ബാക്കി സഞ്ചിതമായ അനന്ത ശരീരങ്ങൾക്കുള്ള കർമ്മം ഇരിക്കുന്നു അദ്ദേഹോ അനാരബഫലാനാം ഏകസ്മിൻ ജന്മനി ഉപഭോഗയ അസംഭവ ശേഷ കർമ്മനിമിത്ത ശരീരാരംഭ ഉപത്തിനാരം ജന്മനിർമ്മ ഉപഭോഗം കൊണ്ട് ക്ഷയിക്കണം ഈ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞപ്പോ ഈ ശരീരത്തിന് ഹേതുവായ ആ കർമ്മങ്ങൾ ആ കർമ്മ സംസ്കാരം നശിച്ചു കഴിഞ്ഞു പക്ഷേ ഇതുവരെ ഫലം കൊടുക്കാത്ത അനേക കർമ്മ സംസ്കാരങ്ങൾ എങ്ങനെ നശിക്കും കാരണം കർമ്മം ഇവിടെ പറയുന്ന എന്താണ് കർമ്മം ഉപഭോഗം കൊണ്ട് ക്ഷയിക്കുമെന്നാണ് ഈ ശരീരം കെട്ടി ശരീരത്തിലിരുന്നു കൊണ്ട് അനുഭവിക്കുന്ന സോതൃത്വങ്ങൾ അതുകൊണ്ട് ഈ ശരീരത്തിന് ഹേതുവായിരുന്ന കർമ്മസംസ്കാരങ്ങൾ നശിച്ചത് പക്ഷെ അനാദിയായ അനന്തമായ കർമ്മ സംസ്കാരങ്ങൾ അനേക ശരീരത്തിന് ഹേതുവായിരിക്കുന്ന ആ കർമ്മ സംസ്കാരങ്ങൾ ഈ ശരീരത്തിലെ ഉപഭോഗം കൊണ്ട് അങ്ങനെ ക്ഷയിക്കും ഫലം കൊടുക്കാനേ തുടങ്ങിയില്ല അതിന്റെ ക്ഷയം അസംഭവമാണോ അതുകൊണ്ട് ശേഷകർമ്മ നിമിത്ത ശരീരാരംഭത്തി ശേഷ കർമ്മമുണ്ട് ഇനി അനേക ജന്മങ്ങൾക്കുള്ള ശരീരങ്ങൾക്കുള്ള കർമ്മമുണ്ട് അതുകൊണ്ട് ശരീരം ഉണ്ടായി തന്നെ തീരും കർമ്മശേഷ സദ്ഭാവ സിദ്ധിഷ്ഠ കർമ്മശേഷം അതുണ്ടായിരിക്കും അനന്ത ശരീരങ്ങളുടെ കർമ്മം നശിക്കത്തില്ല ഇവിടെ സത്കർമ്മങ്ങൾ ചെയ്തു കാമനയില്ലാതെ കർമ്മം ചെയ്തു ഈ പൂർവകൃതമായ ആ സംസ്കാരം അതങ്ങനെ നശിക്കും അത് നശിക്കത്തില്ല അതിന് ശ്രുതി എന്ന് പറയുന്നത് ഇത്യാദി ശ്രുതി സ്മൃതി ഇക്കാര്യങ്ങളെ പറയാൻ നൂറുകണക്കിന് ശ്രുതികളും സ്മൃതികളുമുണ്ട് ശ്രുതിയിലെന്താണ് പറയുന്നത് ഇവിടെ കർമ്മങ്ങൾ ചെയ്യുന്നവർ സത്കർമ്മങ്ങൾ ചെയ്യുന്നവർ അതിന്റെ ഫലമായ ശരീരത്തെ സ്വീകരിക്കേണ്ടി വരും ഉയർന്ന ലോകങ്ങളിൽ പോയി ശരീരത്തെ സ്വീകരിച്ച് എന്തിനു വേണ്ടി ആ ഉപഭോഗത്തിന് വേണ്ടി അതനുഭവിച്ച് ക്ഷയിച്ചാൽ പൂർവ സംസ്കാരങ്ങൾ ശരീരം സ്വീകരിക്കേണ്ടി വരും ഉപഭോഗം കൊണ്ട് കർമ്മം ചെയ്യിച്ചു കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെ രണ്ടാമതൊരു ശരീരം സംഭവിക്കും അതിന് സമാധാനം പറയുന്നത് ശ്രദ്ധ പറയുന്നു പൂർവ്വ സംസ്കാരങ്ങളെ കൊണ്ട് സംഭവിക്കും ക്ഷയിച്ചത് പോയി അതിൽ നിന്ന് ഇനി ശരീരം പക്ഷെ പൂർവ്വ സംസ്കാരം കൊണ്ട് സംഭവിക്കും അതിൽ നിന്ന് സൽക്കർമ്മങ്ങളെല്ലാം ചെയ്ത് കർമ്മത്തെ കൊടുക്കാം ശരീരത്തെ ഈ ശരീരധാരണത്തെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല തഥശേഷിയാണ് ഗൗതമ സ്മൃതി പറയും സ്വകർമ്മനിഷ്ഠാ കർമ്മഫലമനുഭൂജാതിന് സ്വധർമ്മത്തെ പരിപാലിച്ച് ജീവിക്കുന്ന വൈദിക സ്വകർമ്മനിഷ്ഠാഹ വിഹിതമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്നവർ അവരെ കുറിച്ച് പറഞ്ഞ അവർ കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ ഫലമായി ശരീരത്തെ സ്വീകരിച്ച് കർമ്മത്തെ അനുഷ്ഠിച്ച് ശരീരത്തെ ഉപേക്ഷിച്ച് വീണ്ടും ശരീരത്തെ സ്വീകരിക്കുന്നു തഥശേഷയാണ് അതാണ് കർമ്മശേഷ സദ്ഭാവം എന്ന് പറഞ്ഞത് ഈ ശരീരം ിയാൽ എന്തായാലും വേറെ ശരീരത്തെ സ്വീകരിക്കേണ്ടി വരും അതിവിടെ നിഷ്കാമകർമ്മം ചെയ്തുവെന്ന് വിചാരിച്ച് അടുത്തു സംസ്കാര ഫലമായ കർമ്മങ്ങളെ ഒഴിവാക്കാൻ സാധ്യമല്ല ഇത്യാദി ശ്രുതി സ്മൃതി സതേഭ്യ ുന്നു ഇഷ്ട അനിഷ്ടഫലാനാം അനാരബ്ധാനാം ക്ഷയാർത്ഥാന നിത്യാനി ചെയ്യും പറയുന്നു നിത്യകർമ്മങ്ങൾ ഇതിപ്പോ ഇത് പറയുന്ന നിത്യം എന്ന് ഭക്ഷ്യകാരൻ കർമ്മം എന്ന് പറയുമ്പോൾ വൈദിക കർമ്മങ്ങളാണ് അതുകൊണ്ട് നിത്യകർമ്മങ്ങളെ കുറിച്ചുകൂടെ ചോദിക്കുന്നു നിത്യം നൈമിത്യം കാമ്യം നിഷിദ്ധം അപ്പോൾ നിത്യകർമ്മങ്ങൾ എന്നുവെച്ചാൽ അത് നിഷിദ്ധമല്ല കാമ്യമല്ല രണ്ടും കണ്ടാതെ വരുന്ന കർമ്മങ്ങൾ നമ്മുടെ ഇന്നത്തെ നോക്കുമ്പോൾ നിസ്വാർത്ഥ കർമ്മം പരാർത്ഥകർമ്മം സേവ ഇത് ഇഷ്ടാനിഷ്ട ഫലങ്ങളെയല്ല അനാരബ്ധമായിരിക്കുന്ന അതിനെന്നെ ഇത് നശിപ്പിക്കുമല്ലോ ഇത് ക്ഷയിപ്പിക്കുമല്ലോ നമ്മൾ ചിന്തിക്കുമോ എന്താണ് നിഷ്കാമ കർമ്മം കൊണ്ട് ചിത്തശ്ദ്ധി ആ ചിത്തശുദ്ധി കൊണ്ട് എന്ത് ചെയ്യുന്നു ചിത്തശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് കർമ്മ സംസ്കാരങ്ങളെല്ലാം നശിപ്പിക്കുന്നത് അപ്പൊ ഇനി ശരീരം നൽകാനിരിക്കുന്ന സംസ്കാരങ്ങളെല്ലാം ഇതുകൊണ്ട് എന്തുകൊണ്ട് നശിപ്പിച്ചുകൂടാ കാരണം ദുഷ്കാമ ഫലം ചിത്തശുദ്ധി എന്നാണല്ലോ പറയുന്നത് അത് സംഭവിക്കാമല്ലോ വൈദികമായ നിത്യകർമ്മങ്ങൾ അത് പൂർവ്വ സംസ്കാരങ്ങളെയെല്ലാം നശിപ്പിക്കും അതാണ് ചിത്തശുദ്ധി എന്നുള്ള രീതിയിലാണ് പറയുന്നത് അങ്ങനെ വന്നുകഴിഞ്ഞാലോ സംസ്കാരമെല്ലാം നശിച്ചു ഈ ശരീരവും നശിച്ചു സ്വാത്മിന്യ അവസ്ഥാനം ജന്മം സ്വീകരിക്കാതിരിക്കുക മോക്ഷം എന്തുകൊണ്ടായിക്കൂടുന്നു അത് ശരിയണ്ട പറയുന്നത് നിത്യകർമ്മങ്ങളെ കുറിച്ചാണ് നിത്യകർമ്മങ്ങൾ സർവപുണ്യപാവങ്ങളിൽ നശിപ്പിക്കും അല്ലെങ്കിൽ നിഷ്കാമകർമ്മം പുണ്യപാപങ്ങളെ നശിപ്പിക്കുന്നു മോക്ഷത്തെ കൊടുക്കുന്നു എന്ന് തരുന്നുണ്ടല്ലോ അത് ശരിയല്ല എന്തുകൊണ്ട് അക്കറിനെയും പ്രത്യവായ ശ്രവണ നിത്യകർമ്മങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞെങ്കിൽ കർമ്മികൾ പൂർവമീമാംസകർ അവർ പറയുന്നു നിത്യകർമ്മം അനുഷ്ഠിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫലമില്ല എന്നുവെച്ചാൽ അത് ശരീര ആരംഭകമല്ല പുതിയൊരു കാരണം അവിടെ കാമനയില്ല കാമ്യം എല്ലാം ഒഴിവാക്കി നിഷിദ്ധവും ഒഴിവാക്കി പിന്നീട് ചെയ്യുന്ന കർമ്മങ്ങൾ അത് നിശ്ചയിച്ചൊരു ഫലം ഉണ്ടാക്കുന്നില്ല എന്നാൽ പിന്നെ ചെയ്യാതിരുന്നുകൂടി ചെയ്യാതിരുന്നു പാപം ഉണ്ടാവും പാപഫലമായ ദുഃഖം ഉണ്ടാവും അതാണ് അക്കരണ പ്രത്യവായ ശ്രവണ പ്രത്യവായം ആഗാമി ദുഃഖം എന്നുവെച്ചാൽ പാപം മുഖാന്തര ദുഃഖത്തിന് കാരണമായി തീരുന്നു അതുകൊണ്ട് നിത്യകർമ്മം ചെയ്യണം ഇത്രയേ അവർ പറയുന്നുള്ളൂ അല്ലാതെ നിത്യകർമ്മങ്ങൾ ദുരിതത്തെ ക്ഷയിപ്പിക്കും എന്ന് പറയുന്നില്ല നിഷ്കാമ കർമ്മം കൊണ്ട് നമ്മുടെ കർമ്മ സംസ്കാരം അത് നശിക്കുന്നില്ല ശരീരഹേതുവായിരിക്കുന്ന അത് നശിക്കുന്നില്ല പക്ഷെ ചെയ്യാതിരുന്നുകഴിഞ്ഞാലോ പ്രത്യവായ ശബ്ദവും അനിഷ്ടവിഷയം അനിഷ്ടമൊന്നാണ് ദുഃഖമൊന്നാണ് പാപം കൊണ്ട് ദുഃഖം വരും അതുകൊണ്ടെന്താണ് അവർ പറയുന്നത് വൈദികന്മാർ നിത്യ അകരണനിമിത്ത പ്രത്യവായ ദുഃഖരൂപ ആഗാമ പരിഹാരാർത്ഥാ നിത്യാഭ്യുഗമാ അനാരം അതുകൊണ്ട് മീമാംസക മതമനുസരിച്ചും ഭാട്ടമതമനുസരിച്ചും എന്താ പറയുന്നത് നിത്യ അകരണനിമിത്ത നിത്യം ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ ദുഃഖം ദുഃഖരൂപസ്യ ആഗാമന അതിന് വരാൻ പോകുന്നതാണ് പരിഹാരാർത്ഥാനി അത് ഒഴിവാക്കാൻ നിത്യം ചെയ്യുന്നത് നിത്യകർമ്മം അനുഷ്ഠിക്കാതിരുന്നാൽ വരാം എന്നുള്ള ഭാവിയിലെ ദുഃഖങ്ങൾ അത് ഒഴിവാക്കാൻ വേണ്ടി നിത്യാനി നിത്യഭ്യുമാ എന്നാണ് സ്വീകരിച്ചിരിക്കുന്നത് അനാരബ്ധല കർമ്മക്ഷാനി എന്തായാലും അത് പൂർവ്വ സംസ്കാരങ്ങളെ നശിപ്പിക്കുന്നതിനു വേണ്ടിയുള്ളതല്ല ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ശരീരധാരണത്തിന് ഹേതുവായ സംസ്കാരത്തെ അത് നശിപ്പിക്കത്തില്ല അതുകൊണ്ട് നിഷ്കാമ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അങ്ങനെ ഒടുവിൽ ശരീരനാശത്തോടുകൂടി മോക്ഷം നേടുക അത് ശരിയല്ല എന്ന് സിദ്ധാന്തം എന്നി നാമ കർമാണി തഥാപി അശുദ്ധമേ വക്ഷപയേഹു നശുദ്ധം പിന്നെ നിത്യകർമ്മങ്ങൾ എന്നി പൂർവ്വ സംസ്കാരത്തെ നശിപ്പിക്കുന്നു എന്നു വെച്ചോട്ടെ നിത്യകർമ്മങ്ങൾ കൊണ്ട് അന്ധക്കരണശുദ്ധി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നിഷ്കാമകർമ്മം കൊണ്ട് അന്ധകരണശുദ്ധി എന്ന് പറയുന്നു ഈ അന്ധക്കരണത്തിന്റെ ശുദ്ധി എന്താണ് അന്ധക്കരണത്തിന്റെ ശുദ്ധി അന്ധകരണത്തിന്റെ പാപങ്ങളില്ലാതാവുക അതാണല്ലോ അന്ധക്കരണ ശുദ്ധി അതുകൊണ്ട് പാപക്ഷയ സംഭവിക്കണം എന്ന് പറയുകയാണെങ്കിൽ ശരി പാപക്ഷയം സംഭവിച്ചോട്ടെ അങ്ങനെയാണെങ്കിലും പുണ്യം എങ്ങനെ നശിക്കും കാരണം പുണ്യം പാപത്തെ നശിപ്പിക്കും പുണ്യം പുണ്യത്തെ നശിപ്പിക്കത്തില്ല പുണ്യം പുണ്യത്തെ നശിപ്പിക്കുകയാണെങ്കിൽ പിന്നെ പുണ്യകർമാർഹം ചെയ്യാൻ പറ്റത്തില്ല ഒരു കർമ്മം ചെയ്തിട്ട് അടുത്ത കർമ്മം ചെയ്യുമ്പോൾ പൂർവ്വ പുണ്യം നശിച്ചു പിന്നെ ആര് പുണ്യകർമ്മം ചെയ്യും അത് മാത്രമല്ല പുണ്യം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് അനുഭവപ്പെടുന്നത് പുണ്യം അനുഷ്ഠിക്കുന്നതോറും വർദ്ധിച്ചു വരുന്നു പുണ്യത്തിന് പുണ്യത്തെ നശിപ്പിക്കാൻ പറ്റത്തില്ല പക്ഷെ പുണ്യത്തിന് പാപത്തെ നശിപ്പിക്കുക കാരണം ഒരു പാപകർമ്മം ചെയ്തു ഉടനെ ശാസ്ത്രം പറയുന്നു പ്രായശ്ചിത്വം ചെയ്യുക ആ പ്രായശ്ചിത്വം കൊണ്ടെന്ത് ചെയ്യുന്നു ആ പാപസംസ്കാരം നശിക്കുക ഇത് ശാസ്ത്രസമ്മതമായ കാര്യമാണ് പക്ഷെ പുണ്യം കൊണ്ട് പുണ്യം അങ്ങനെ നശിക്കും പുണ്യം നശിച്ചില്ലെങ്കിൽ പുഷ്കാമകർമ്മം ചെയ്തു ചിത്തശുദ്ധി വന്നു പാപം നശിച്ചു പക്ഷെ പുണ്യ ശേഷിക്കുന്നു ആ പുണ്യഫലമായ ശരീരം സ്വീകരിക്കേണ്ടി വരും അത് സത്കർമ്മമാണ് സത്കർമ്മത്തിന് പുണ്യഫലത്തെ ഉണ്ടാക്കാൻ നിസ്വാർത്ഥ കർമ്മം എന്ന് പറയുന്നു പുണ്യഫലത്തെ ഉണ്ടാക്കുന്നു സാധാരണഗതി ഇവിടെ പറയുന്നത് വൈദികമായ നിത്യകർമ്മം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സാധാരണഗതി പറയുന്ന സത്കർമ്മം നിസ്വാർത്ഥ സേവ ലോകസേവനം ആഗ്രഹമില്ലാത്ത കർമ്മം എന്ന് പറയുമ്പോൾ നിഷ്കാമ കർമ്മം എന്ന് പറയുമ്പോൾ അത് കർമ്മയോഗമായിരിക്കുന്നുണ്ട് അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് സ്വാർത്ഥത ഇല്ലാതെ കർമ്മം ചെയ്താലത് കർമ്മയോഗമാകത്തില്ല കാമനകളില്ലാതെ കർമ്മം ചെയ്തുകൊണ്ട് മാത്രം കർമ്മയോഗമാകത്തില്ല അതെല്ലാം സത്കർമ്മങ്ങൾ അതെല്ലാം പുണ്യഫലത്തെ ഉണ്ടാക്കുന്നവയാണ് ആ കർമ്മങ്ങൾ നിഷ്കാമകർമ്മം അതായത് കർമ്മയോഗം അതിനകത്ത് മാത്രം പോലെ ഇവിടെ പറയുന്നത് ഒരാൾ കേവലം നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുന്നു അതിന് കർമ്മയോഗം എന്താണെന്ന് അറിയണമെന്നില്ല ലോകത്തെ സേവിക്കുന്നതിന് കർമ്മയോഗം എന്താണെന്ന് അറിയണമെന്നില്ല അങ്ങനെയുള്ള പ്രവൃത്തികൾ ഫലത്തെ ഉണ്ടാക്കും പുണ്യത്തെ ഉണ്ടാക്കും സത്കർമ്മമായതുകൊണ്ട് പുണ്യത്തെ ഉണ്ടാക്കും അത് പാപത്തെ നശിപ്പിച്ചെന്ന് വരാം പക്ഷെ പുണ്യത്തെ നശിപ്പിക്കത്തില്ല അതുകൊണ്ട് വേണ്ടി ജന്മത്തിന് കാരണമായിത്തീരും വിരോധാഭാവതെന്തു കൊണ്ട് പുണ്യവും പാപവും തമ്മിൽ വിരോധമില്ല വിരോധമുണ്ടെങ്കിൽ നശിപ്പിക്കും വിരട്ടും വെളിച്ചം തമ്മിൽ വിരോധമുള്ളതുണ്ട് വെളിച്ചം ഇരട്ടിൽ നശിപ്പിക്കുന്നു പുണ്യവും പാപവും തമ്മിൽ വിരോധമുള്ളതുകൊണ്ട് പുണ്യത്തിന്റെ മുമ്പിൽ പാപത്തിന് നീക്കാൻ കഴിയില്ല പാപം നശിച്ചു പോകും പക്ഷെ പുണ്യം അതും സംസാരത്തെ ഉണ്ടാക്കും ശരീരത്തെ ഉണ്ടാക്കും അതുകൊണ്ട് ഈ സാധാരണ പറഞ്ഞു വരുന്നു എന്താണോ ആരെയും ദ്രോഹിക്കാതിരിക്കുക പ്രത്യേകിച്ചൊന്നും ആഗ്രഹിക്കാതിരിക്കുക അന്യർക്ക് വേണ്ടി സത്കർമ്മം ചെയ്യുക ലോകത്തെ നന്നാക്കി ജീവിക്കുക അങ്ങനെ വന്നുകഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഫലമായിട്ട് മോക്ഷം കിട്ടും എന്ന് പറയുന്നത് ശരിയല്ല അബദ്ധമാണ് ശരീരം കിട്ടും ജനിക്കേണ്ടി വരും ഇഷ്ടഫലസ്ഥുദ്ധരൂപത്വ അത് പുണ്യമാണ് ശുദ്ധം പുണ്യമാണ് സത്കർമ്മങ്ങളുടെ ഫലം അത് പൂർവജന്മങ്ങളിൽ അനുഷ്ഠിച്ച സത്കർമ്മങ്ങളുടെ ഫലം അത് ആ സംസ്കാരം ആ ജീവനെടുക്കുണ്ടോ അത് നിത്യേ വിരോധ നവീ അതെല്ലാം ഇവിടെ ഈ പറയുന്ന സത്പ്രവർത്തികൾ ചെയ്തിട്ട് അതിൽ നിന്നും മോചനം നേടാൻ സാധ്യമല്ല എന്തിനു വേണ്ടിയാ ചെയ്യുന്നത് കാരണം ചിത്തശുദ്ധി ചിത്തശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്നു എന്തിനും ചിത്തശുദ്ധി അത് മോക്ഷത്തിന് ഒന്നും സംഭവിക്കത്തില്ല പാപങ്ങളെല്ലാം നശിക്കുന്നുണ്ട് ചിത്തശുദ്ധമാകത്തില്ലേ കാരണം പുണ്യുന്നു പുണ്യവും പാവവും ഒരുപോലെയാണ് ചിത്ത മലം അപ്പോൾ പാപം നശിച്ചുകൊണ്ട് മാത്രമല്ല പുണ്യവും നശിക്കുന്നു കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ സൗർത്ഥതയില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ അത് സത്കർമ്മമായി മാറും സത്കർമ്മമാകുമ്പോൾ അത് ഫലം കൊടുക്കും പുണ്യത്തെ കൊടുക്കും പുണ്യം വീണ്ടും ജന്മത്തെ കൊടുക്കും ആയിക്കോട്ടെ ജന്മം കിട്ടിക്കോട്ടെ പുണ്യ ജന്മമാണല്ലോ കിട്ടുന്നത് എന്തുകൊണ്ടായിക്കൂടാ പക്ഷെ വീണ്ടും ആ ജന്മത്തിൽ വീണ്ടും പൂർവ്വ കൊണ്ട് വീണ്ടും പാപം ചെയ്യാം ഇപ്പൊ പുണ്യം കൊണ്ടൊരാൾക്ക് രക്ഷപ്പെടാകത്തില്ല പുണ്യഫലമായി ഒരു ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ആ ശരീരത്തിന് വീണ്ടും പാപം അനുഷ്ഠിക്കാം പിന്നെ ഇതിനവസാനം ഇല്ലാതെ പോകും കാരണം പുണ്യപാപ സംസ്കാരങ്ങൾ പൂർണ്ണമായും ക്ഷയിക്കുന്നില്ല അത് ജീവനിലിരിക്കുന്നു ശക്തിയുള്ളത് പ്രവർത്തിക്കുന്നു ഫലം കൊടുക്കുന്നു ശക്തമല്ലാത്തത് സുപ്തമായിരിക്കുന്നു ഇപ്പൊ ശക്തൻ പ്രവർത്തിച്ചു കഴിയുമ്പോൾ അശക്തന് ശക്തി വരും അത് പ്രവർത്തിക്കും നമ്മൾ പറയുന്നു പുണ്യവാനാണ് സദ്വൃത്തനാണ് സദാചാരി ആണ് എന്ന് പറയുമ്പോൾ അവൻ ഇപ്പം പ്രവർത്തിക്കുന്ന പുണ്യം അതുകൊണ്ട് മാത്രം പാപമില്ലാന്ന് അർത്ഥമില്ല ഇതിന്റെ ശക്തി പറയുമ്പോൾ പാപം പ്രവർത്തിക്കും അതുകൊണ്ട് പുണ്യ ശരീരം കിട്ടിയിട്ടും വിശേഷമൊന്നുമില്ല കാരണം വീണ്ടും അത് പാപ കർമ്മത്തിന് വീണ്ടും അത് ഹേതുവായി തീരാം അതുകൊണ്ടങ്ങനെ സത്കർമ്മ അനുഷ്ഠാനത്തിലൂടെ അവസാനം മോക്ഷം നേടും നിസ്വാർത്ഥ സേവനത്തിലൂടെ മോക്ഷം നേടും എന്നെല്ലാം നമ്മൾ ധരിച്ചിരിക്കുന്ന അബദ്ധമാണ് എന്ന് പറയുമ്പോൾ ഇത് കർമ്മയോഗത്തെക്കുറിച്ചല്ല പറയുന്നു അപ്പോൾ അവരുടെയും മനസ്സിലായി പിന്നെ കർമ്മയോഗം എന്താ എന്ന് അത് നമ്മൾ ഗീതയിൽ ചർച്ച ചെയ്തതാണ് രണ്ടും രണ്ടാണ് അവിടെ വ്യക്തമാക്കി സത്കർമ്മങ്ങൾ വേറെ കർമ്മയോഗം വരെ നമ്മൾ അനുഷ്ഠിക്കുന്നത് സത്കർമ്മമാണോ കർമ്മയോഗമാണോ സത്കർമ്മമാണെങ്കിൽ അത് ആ ദുഷ്കർമ്മത്തെ അപേക്ഷിച്ച് ശ്രേഷ്ഠമാണ് പക്ഷെ മോക്ഷത്തെ അപേക്ഷിച്ച് അത് വിശേഷം ആ വിഷയമാണ് ഇവിടെയും ചർച്ച ചെയ്യുന്നത് ശുദ്ധ അശുദ്ധയോ ഹി വിരോധോയുക്ത ശുദ്ധവും അശുദ്ധവും തമ്മിൽ വിരോധം വരും അശുദ്ധത്തിന് ശക്തി പ്രാപിച്ചാൽ അത് ശുദ്ധത്തെ നശിപ്പിക്കും അതായത് പാപം വർധിച്ചു കഴിഞ്ഞാൽ അതിന് പുണ്യത്തെ നശിപ്പിക്കാൻ പറ്റും പുണ്യം വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് ദുർബലമായ പാപത്തെ അതിനു നശിപ്പിക്കാൻ കഴിയും ഇതിലുണ്ട് സംഭവിക്കും നമ്മൾ ഒരുപാട് സത്കർമ്മങ്ങൾ ചെയ്യുന്നു ഒരുപാട് പുണ്യത്തെ സഞ്ചരിക്കുന്നു പാപത്തെ നശിപ്പിക്കുന്നു ഇതുകൊണ്ടെങ്ങനെ മോക്ഷം മോക്ഷം വേണമോ അതോ വേണ്ടയോ വേണമെങ്കിൽ ഈ വഴിക്ക് പോയാൽ ശരിയാകത്തില്ല കർമ്മം ബന്ധിക്കുന്നതെന്ന് പറയുന്ന ഈ രീതിയിലാണ് കർമ്മത്തിന്റെ ബന്ധനം കാരണം കർമ്മം അവശ്യം ഫലത്തെ ഉണ്ടാകുന്നു സത്തായതും അസത്തായാലും ആ ഫലം സംസ്കാരമാണ് പുണ്യം അല്ലെങ്കിൽ പാവസംസ്കാരം അതവശ്യം ശരീരത്തിന് കാരണമായി തീരും സംസാരം ഒടുങ്ങത്തില്ല പുണ്യങ്ങളിൽ നിന്ന് വീണ്ടും പാപത്തിലേക്കും പാപത്തിൽ നിന്ന് വീണ്ടും പുണ്യത്തിലേക്കും എല്ലാം പോവാം ഇത് അവസാനിക്കാതിരിക്കും ഇന്നത്തെ കർമ്മഹേതുവിനും കാമാനാം ജ്ഞാനാഭാവെ നിവൃത്തി അസംഭവം അശേഷ കർമ്മക്ഷത്തി कर्महेतुना का ज्ञान भाव निवृत्ति असंभवा अशेष कर्म उपत्ति सिद्धांत पर सत्म इतको मोक्षमी അത് സംഭവിക്കുന്നത് അത് പറയുന്നതിന് താൽപ്പര്യം അത് ജ്ഞാനം കൊണ്ടേ സാധ്യമാകും ജ്ഞാനം കൊണ്ട് മാത്രമേ സാധ്യ അപ്പോ ഈ കർമ്മ നശിപ്പിക്കാൻ ജ്ഞാനത്തിന് മാത്രമേ സാധ്യമാകൂ എന്നാ എന്തുകൊണ്ട് പുണ്യം പാപത്തെ നശിപ്പിക്കൂ പക്ഷെ പുണ്യം ശേഷിക്കൂ പാപം പുണ്യത്തെ നശിപ്പിച്ചാൽ പാപശേഷിക്കും നശിപ്പിക്കുന്നവൻ ശേഷിക്കും ഇവിടെ അതിൽ നിന്ന് മോക്ഷം സ്വാതന്ത്ര്യം ഇല്ല പക്ഷെ ഞാനും അങ്ങനെയല്ല രണ്ടിനെയും സർവകർമാണേ നശിപ്പിക്കുന്നു അവര് സത്കർമ്മങ്ങൾ കൊണ്ട് ഞാനുണ്ടാകത്തില്ലേ സത്കർമ്മം കൊണ്ടുണ്ടാകത്തില്ല എന്നാൽ വളരെ എളുപ്പമായിരുന്നു സത്കർമ്മങ്ങൾ കൊണ്ട് എന്താ ഉണ്ടാകുന്നത് പുണ്യം മാത്രം ഉണ്ടാകും പുണ്യം കൊണ്ട് എന്തുണ്ടാകും ശരീരം ഉണ്ടാകും അത്രേ സംഭവം എന്തുകൊണ്ടവിടെ ജ്ഞാനം ഉണ്ടാകുന്നില്ല പുണ്യം അതിന് തടസ്സമാകും കാരണം പുണ്യത്തിന് ശരീരത്തിൽ ഉണ്ടാകണം അതിനതിന്റെ ഫലത്തെ കൊടുത്തേ മതിയാവും പുണ്യം ശരീരത്തെ കൊടുക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ പിന്നെ ജ്ഞാനം ഇങ്ങനെ ഉണ്ടാകും പുണ്യം ജ്ഞാനത്തിന് തടസ്സമായി നിൽക്കും അങ്ങനെയാണോ പാപം ജ്ഞാനത്തിന് തടസ്സമായിരിക്കുന്നത് അതുകൊണ്ട് പുണ്യം തടസ്സമായിരിക്കും പിന്നെ നശിക്കണമെങ്കിലോ പാപവും പുണ്യവും ഒരുമിച്ച് നശിക്കും അത് ജ്ഞാനം കൊണ്ടേ സാധ്യമാകും അതിന്റെ അസത്വം കൊണ്ട് അത് സാധ്യമാകത്തില്ല നിഷ്കാമകർമ്മം കൊണ്ട് സാധ്യമാകുന്നു നിഷ്കാമകർമ്മം കൊണ്ട് പുണ്യവും പാപവും ചിത്തശുദ്ധമാകുന്നു അച്ഛ നി ശുദ്ധമായാൽ ജ്ഞാനം തനിയെ പ്രവാസിക്കുന്നു അതിൻ്റെ ഹേതുക്കൾ വേണം കർമ്മമെന്തായാലും ഞാനത്തിന്റെ ഹേതുവല്ല ഞാനുപത്തിക്ക് അത് സാക്ഷാത്ഭേതു ജ്ഞാനുത്പത്തിക്ക് ഉപനിഷ്രവണം വേണം ഉപനിഷ്രവണം കൂടിയതി അതില്ലാതെ സാധ്യമല്ല വേദാന്തവാക്യശ്രവണം അതിലൂടെ സാധ്യമാണ് അവിടെ ജ്ഞാനുത്പത്തിക്ക് പുണ്യം തടസ്സമാകുന്നില്ല നിഷ്കാമകർമ്മം കൊണ്ട് നശിച്ചു അപ്പം നിഷ്കാമ കർമ്മം കൊണ്ട് പുള്ളിയിൽ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനത്തിന്റെ ആവശ്യമല്ല പുള്ളി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരമെല്ലാം മോഷം നേടിയത് കൊണ്ട് ജ്ഞാനോത്പത്തിക്ക് തടസ്സമായിരിക്കുന്ന പുണ്യപാപങ്ങൾ നശിക്കും അത്രേ സംഭവിക്കും ജ്ഞാനോത്പത്തിക്കുള്ള വിഘ്ന രൂപത്തിലുള്ള മാത്രമേ നിഷ്കാമകർമ്മം സിദ്ധമാക്കത്തുള്ളൂ വീണ്ടും സഞ്ചിതമായ പുണ്യപാപങ്ങളുണ്ട് അത് ഞാൻ ഉത്പത്തിക്ക് തടസ്സമല്ല ഈ ജന്മത്തിൽ ഈ ശരീരത്തിൽ ഉദ്ഭൂതമാകുന്നു അതായത് ഫലം കൊടുക്കാൻ തയ്യാറാകുന്ന പുണ്യപാപങ്ങളാണ് ഞാൻ ഉത്പത്തിക്ക് തടസ്സമായിരിക്കുന്നത് അതിനെ നിഷ്കാമധർമ്മം കൊണ്ട് നശിപ്പിക്കുന്നു അത് കേവലം സത്കർമാനുഷ്ഠാനമുണ്ട് കർമ്മയോഗം കൊണ്ട് ചിത്തശുദ്ധിയിലൂടെ നശിപ്പിക്കുമ്പോൾ ജ്ഞാനം തനിയെ ഒട്ടിമുളയ്ക്കത്തില്ല വേദാന്തവാക്യ ശ്രവണം കൊണ്ട് അവിടെ ജ്ഞാനമുണ്ടാവുന്നു നൂറ് ഉപദേശങ്ങൾ ആ ജ്ഞാനം കൊണ്ട് സർവകർമ്മനാശം സംഭവിക്കുന്നു ി സർവകർമ്മമാണ് ഭഗവാൻ രീതിയിൽ പറഞ്ഞതാണ് അങ്ങനെയും മോക്ഷം സംഭവിക്കത്തുള്ളൂ കർമ്മത്തിന് കർമ്മയോടെ സഹായിക്കുന്നു കർമ്മം എങ്ങനെ സഹായിക്കുന്നില്ല രണ്ടു കാര്യങ്ങളോട് പറയണം കർമ്മഹേതുവിന കാമാഭാവേ എന്ന് വൃത്തി അസംഭവ ജ്ഞാനമില്ലെങ്കിൽ ശിക്കുന്നില്ല കർമ്മത്തിന്റെ ഹേതുവായ കാമം നശിക്കുന്നില്ല അതിന് ഹേതുവായ അവിദ്യ നശിക്കുന്നില്ല അതെല്ലാം മനസ്സിലാക്കണം അശേഷ കർമ്മക്ഷയ അശേഷ കർമ്മം ക്ഷയിക്കത്തില്ല പുണ്യം കൊണ്ട് പാവം നശിക്കും അത്രയേ ഉള്ളൂ അതുകൊണ്ട് മോക്ഷ സാധ്യമല്ല അതുകൊണ്ടിവിടെ മുഖ്യമായും പറയുന്ന ഈ നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതുകൊണ്ട് മോക്ഷം നേടാം അല്ലെങ്കിൽ കാമനയില്ലാതെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ആഗ്രഹങ്ങളില്ലാതെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പരന്മാർക്ക് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതുകൊണ്ട് മോക്ഷം നേടാമെന്ന് ആഗ്രഹിക്കേണ്ട അത് അദ്വൈതസമ്മതമായ കാര്യമുണ്ട് അങ്ങനെ കർമ്മം അനുഷ്ഠിക്കണ്ടേ അതനുഷ്ഠിക്കുകയാണെങ്കിൽ അത് കർമ്മയോഗമായി ചെയ്യുക അനാത്മവിദോഹിക്കാമോ അനാത്മഫല വിഷയത്വ സ്വത്മനിച്ച് കാമ അനുഭവത്തിവ സ്വയം ജാത്മാ പരം ബ്രഹ്മിത്യുക്തം അനാത്മവിദോഹി കാമ ആത്മബോധമില്ലാത്തവനാണ് കാമ ആത്മാവിനെ അറിയുന്നവന് പിന്നെന്താ കാമ നേരത്തെ പറഞ്ഞു ആപ്തകാമൻ ആത്മകാമി എന്നെല്ലാം പറഞ്ഞു വാസ്തവത്തിൽ അങ്ങനെ ആത്മാവിൽ കാമനയൊന്നും സംഭവിക്കത്തില്ല അതിന്റെ ആവശ്യമില്ല എന്തുകൊണ്ട് നിത്യപ്രാപ്തത്വം അപ്രാപ്യമായ ഒന്നിനെ കാമിച്ചിട്ട് കാര്യമുണ്ട് ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ട് ആത്മാവിനെ കാമിച്ചിട്ട് കാര്യമില്ല കാരണം അത് നിത്യപ്രാപ്തമാണ് അതിനെങ്ങനെ ഒരുവിനെ കാമിക്കാൻ കഴിയും പരമാർത്ഥത്തിൽ സാധ്യമല്ല പിന്നെ ആത്മകാമന്മാർ എന്നൊക്കെ പറയുന്നത് അജ്ഞത ഉണ്ട് എന്റെ അജ്ഞാനം കൊണ്ട് ഒരുവൻ ആത്മാവനെ കാമിക്കും മോക്ഷത്തെ കാമിക്കും വിഷയങ്ങളെ കാമിക്കുന്ന അത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളത് ആത്മകാമം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സങ്കല്പത്തിലുള്ള വിഷയ കാമന പോലെ ഒരു കാമനെ മോക്ഷത്വം എന്ന് പറയുന്നത് അത് സ്വർഗകാമന പോലെയുള്ള ഒരു കാമനയല്ല അങ്ങനെയല്ല അതിനോട് സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ ഒന്ന് സാധ്യമല്ല പിന്നെന്താണ് ആ ആത്മകാമത്വം എന്ന് പറയുന്നത് ആത്മബോധം തന്നെ അതുതന്നെയാണ് ആത്മകാമം ആത്മബോധം പരോക്ഷമായി കൊള്ളട്ടെ അപരോക്ഷമായി കൊള്ളട്ടെ രണ്ടായാലും അത് കാമനല്ല ബോധമാണ് പരോക്ഷമായ ബോധമെന്ന് പറയുമ്പോൾ അതില് സ്വാനുഭൂതിയായി മാറുന്നുണ്ട് പക്ഷെ ബുദ്ധി കൊണ്ടൊക്കെ ഗ്രഹിക്കുന്നുണ്ട് ബുദ്ധി കൊണ്ട് ആത്മതത്വത്തെ ഗ്രഹിക്കുമ്പോൾ ആ ഒരു സ്ഥിതിയില് അപ്പോ ആത്മകാമത്വം വരാമോ അവിടെ ഈ ആത്മാവിനെ സംബന്ധിച്ച് കാമന വരില്ല ബുദ്ധിയൊണ്ട് ഗ്രഹിക്കുന്നിടത്തും വരത്തില്ല ആത്മാവിനെ കാമിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ട് ബുദ്ധിയൊണ്ട് അതിനെങ്ങനെ ഗ്രഹിക്കുന്നു സ്വസ്വരൂപമായി അത് അകാമ്യമാണ് അത് കാമനയ്ക്ക് വിഷയമല്ലാത്താണെന്ന് ഗ്രഹിക്കുന്നു പിന്നെ എങ്ങനെ കാമിക്കാൻ കഴിയും അങ്ങനെ സ്വർഗ കാമത്തെ പോലെ എങ്ങനെ അതിനെ ആഗ്രഹിക്കാൻ കഴിയും സാധ്യമല്ലെന്നാ പറയുന്നു അതിന്റെ യഥാർത്ഥമായ ജ്ഞാനമാണ് ഒരുവൻ നേടുന്നെങ്കിൽ അത് പരോക്ഷമായ നിലയിലായാലും ശരി അവിടെ ആത്മാവിനെ സംബന്ധിച്ചവന് ഒരു കാമനിയും വിലക്കുന്നു അവൻ പരോക്ഷമായി തന്നെ ധരിച്ചിരിക്കുന്ന എന്താണ് നിത്യപ്രാപ്തത്വ നിത്യപ്രാപ്തമാണ് ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്തത് ഇനി പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് താമസം ഇത് സ്വതസിദ്ധമായിരിക്കുന്ന ഒന്നിൽ ഇങ്ങനെ മുറിവിന് ആഗ്രഹം വരും പരോക്ഷമായി ഗ്രഹിച്ചാലും ആഗ്രഹം വരത്തില്ല ഗ്രഹിച്ചിരിക്കുന്നത് ശരിയായ രീതിയിലാണെങ്കിൽ പിന്നെന്താണ് അവന് ശേഷിക്കുന്നത് ആ ബോധം മാത്രം പരോക്ഷമായ ബോധം മാത്രം ആ പരോക്ഷമായ ബോധം ത്തിൽ നിന്നും അവൻ അപരോക്ഷമായ ബോധത്തിലേക്ക് പ്രവേശിക്കുന്ന ഇത്രയോ അതിനും കാമനയുടെ ആവശ്യമില്ല ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല മറിച്ച് അബോധം മാത്രം മതി കാമ അനുഭൂത്തി സ്വാത്മനിച്ച് കാമാനുഭൂത്തി സ്വാത്മാവിൻ സ്വസ്വരൂപത്തിൽ ഗുരുവനൊരിക്കലും ആഗ്രഹിക്കാൻ സാധ്യമല്ല അത് നിത്യപ്രാപ്തമാണോ അനാത്മവിദോഹിക്കാമോ ആ സ്വരൂപ ബോധമില്ലാത്തവൻ അവൻ പലതും ആഗ്രഹിക്കും അവൻ മോക്ഷത്തെ ആഗ്രഹിക്കും ആത്മസാക്ഷാത്കാരത്തെ ആഗ്രഹിക്കും ഇതെല്ലാം അവൻ ആഗ്രഹിക്കും ആത്മാവിന്റെ ശരിയായ ബോധമില്ല ആത്മാവിനെ അവൻ ധരിക്കുന്നില്ല പരോക്ഷമായും ധരിക്കുന്നുണ്ട് പരോക്ഷമായി ധരിക്കുന്നവന് പരോക്ഷമായ സംശയങ്ങളില്ല പരോക്ഷമായ ഭ്രാന്തി ഇല്ല അവനതിനെ നിത്യാപ്തമായി സ്വസ്വരൂപമായി ധരിക്കുന്നു സ്വസ്വരൂപം തന്നെ അവനെ ഇനി താമിച്ചിട്ട് അതിനു പ്രത്യേകിച്ചൊരു മുക്തി നേടേണ്ടതില്ല അത് മുക്തസ്വരൂപമാണ് അതിൽ നിന്ന് ഒരു ബന്ധനത്തെയും നിവർത്തിപ്പിക്കേണ്ട കാര്യമില്ല അത് നിത്യനിവൃത്തമാണ് ഇതാണ് അവന്റെ പരോക്ഷം ഞാൻ ഇതിൽ ഇതാണ് ഞാനിൽ പിന്നെ എങ്ങനെ അവന് ആത്മകാമി എന്ന് പറയാൻ കഴിയും പക്ഷെ പറയുന്നു ആത്മകാമി എന്ന് പറഞ്ഞ എന്താ അതിന്റെ താല്പര്യം അവൻ ആത്മബോധത്തോടു കൂടിയിരിക്കുന്നു ശരിയായ ആത്മബോധത്തോടു കൂടിയിരിക്കുന്നു ആപ്തകാമൻ എന്ന് പറഞ്ഞാലോ ആ ശരിയായ ബോധത്തോടുകൂടി ഇരിക്കുന്നത് കൊണ്ട് അവൻ സർവ കാമനുകളെയും പ്രാപിച്ചിരിക്കുന്നു അപ്പോ ആത്മകാമനും ആപ്തകാമനും ഒന്ന് രണ്ടാണ് ആത്മകാമൻ എന്ന് പറഞ്ഞാലും അവിടെ ആത്മബോധത്തിലിരിക്കുന്നവൻ ആപ്തകാമനെന്ന് പറഞ്ഞാലോ ആ ബോധം കൊണ്ട് മറ്റു കാമനകളൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട് കാമനാശൂന്യനായിരിക്കുന്നു അപ്പൊ രണ്ടിനും വേറുതിരിക്കാം അത് നോക്കുക വേണമെങ്കിൽ പറയാൻ എന്താണ് പരോക്ഷം അപരോക്ഷം ഇങ്ങനെയല്ല ശബ്ദങ്ങൾ കൊണ്ട് വേറുതിരിക്കാം പക്ഷെ വാസ്തവത്തിൽ ഭേദമില്ല അതുകൊണ്ട് പറയുന്നു അനാത്മവിദോഹി കാമോ അനാത്മവിത്തിന് കാമുണ്ട് അനാത്മഫല വിഷയത്വ എന്തുകൊണ്ട് അനാത്മഫലം സ്വർഗാദിഫലം അവനാഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്ന ഫലങ്ങളുണ്ട് ഈ ആത്മാബോധം ശരിയായ ബോധമില്ലാത്തവനാണ് അനാത്മഫലം ആത്മഭിന്നമായ ഫലത്തെ ആഗ്രഹിക്കുന്നു സ്വർഗത്തെ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ളവനാണ് മോക്ഷത്തെ ആഗ്രഹിക്കുന്നത് ഇതുവരെ ഞാൻ പ്രാപിക്കാത്ത ഒരു മോക്ഷമുണ്ട് അതിനെ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ആത്മാവിനെ കുറിച്ച് എങ്ങനെ ധരിക്കണം ഇതുവരെ പ്രാപിക്കാത്ത മോക്ഷമല്ലാതെ നിത്യമുക്തമാണത് എന്നാണ് ധരിക്കുന്നത് ആ ബോധത്തിൽ ഇവിടെ കാമം എങ്ങനെ നിലനിൽക്കും വരും സ്വാധ്മനിച്ച കാമ അനുഭവത്തിൽ ഈശ്വസ്വരൂപത്തെ എങ്ങനെ ഒരാൾക്ക് ആഗ്രഹിക്കാൻ പറ്റും എന്നെ ഞാനെങ്ങനെ ആഗ്രഹിക്കും അന്യനെനിക്ക് ആഗ്രഹിക്കാം അത് അന്യമായതുകൊണ്ട് പക്ഷെ എന്നെ ഞാനെങ്ങനെ ആഗ്രഹിക്കും അവിടെ രണ്ടാമതൊന്നില്ല ആഗ്രഹിക്കുന്നവൻ ആഗ്രഹിക്കുന്ന വസ്തു ആഗ്രഹവിഷയമായ വസ്തു അങ്ങനെ ഒന്നുമില്ല ഞാനെന്ന് പറയുമ്പോൾ ഏകമാണ് ഒന്നാണ് അതാണ് സ്വസ്വരൂപം അതിനെങ്ങനെ ആഗ്രഹം വരും പിന്നെ ആൾക്കാർ പറയുന്നതോ മോക്ഷം വേണം ജ്ഞാനം വേണം സംസാരം അവസാനിക്കണം ഇതൊക്കെ പറയുന്നതോ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതോ സർവവും ഭ്രമവും ഭ്രാന്തി മൂലം അജ്ഞാനം മൂലം തത്വബോധം ഇല്ലാത്തതുകൊണ്ട് സ്വയം ആത്മാ പരം ബ്രഹ്മേത്യുക്തം വിസ്വസ്വരൂപത്തെ കാമിക്കുന്നില്ല എന്തുകൊണ്ട് കാമിക്കാൻ കഴിയുന്നില്ല മുഴുവൻ അവനെ കാമിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല അവനെ ആഗ്രഹിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല അവനെ പ്രാപിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല കാരണം പരമ്പര അവനാ പരമമായ തത്വമാണ് ആ തത്വത്തിൽ സംഭവിക്കാത്തത് ആഗ്രഹിച്ചിട്ടുണ്ട കാര്യം ആ തത്വത്തിൽ ഒന്നും സംഭവിക്കത്തില്ല ആ തത്വത്തെ പ്രാപിക്കാൻ കഴിയത്തില്ല ആ തത്വത്തെ ബന്ധനങ്ങളെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല ആ തത്വത്തിന് മോക്ഷത്തെ കൊടുക്കാൻ കഴിയത്തില്ല എന്തുകൊണ്ട് പരമ്പര അത് തന്നെയാണ് പരമാർത്ഥം ഈ പറയുന്ന കൽപ്പനാശൂന്യമായിരിക്കുന്നതാണ് അത് അവിടെ ഈ കൽപ്പനകൾ കൊണ്ടെന്ത് നേടാനാണ് സാധ്യമല്ല എന്ന അതുകൊണ്ട് ആ തത്വബോധം കൂടാതെ അതാണ് ഇവിടെ മുഖ്യമായി പറയുന്നത് ആത്മബോധം കൂടാതെ ഇതിൽ നിന്ന് മോചിക്കാൻ ഒരു വഴിയില്ല നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബന്ധനമെങ്കിൽ അതെല്ലാം എന്നാലും പറയത്തില്ലല്ലോ ഈ ശരീരബോധത്തിൽ തുടങ്ങി ഈ പ്രപഞ്ചാനുഭവം ഈ പ്രപഞ്ചത്തിലെ നാമരൂപാത്മകമായ അനുഭവം ഈ പ്രപഞ്ചത്തിലെ സുതൃത്വാനുഭവം അതിനോടുള്ള തന്റെ ബന്ധം ഇത് ഞാൻ അനുഭവിക്കുകയാണ് ഇതാണ് ബന്ധനമെങ്കിൽ ഇതിൽ നിന്നാണ് ഓരോന്മോചനം ആഗ്രഹിക്കുന്നതെങ്കിൽ അത് തത്വജ്ഞാനം കൂടാതെ സാധ്യമല്ല ഇനി ബന്ധനമായി വേറെ എന്തിനെങ്കിലും ആണ് ബന്ധനമെന്ന് പറയണമെങ്കിൽ അതിന് വേറെ വഴികളും കാണും ആരെങ്കിലും തന്റെ കൈയ്യെ ബന്ധിച്ചു ആ ബന്ധനത്തിൽ നിന്നുള്ള മോചനം ആ ബന്ധനത്തെ ഒഴിവാക്കിയാൽ മതി പക്ഷെ ഇവിടെ സംസാരമോചനം എന്ന് പറയുമ്പോൾ സംസാരം എന്താണെന്ന് നമ്മൾ അനുഭവിക്കുന്നത് നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത് തത്വബോധം കൂടാതെ സാധ്യമല്ല എന്തുകൊണ്ട് ആ തത്വബോധം ഇല്ലായ്മ തത്വബോധം ഇല്ലാത്തതുകൊണ്ട് മാത്രമേ നിലനിൽക്കുന്നതാണ് ഇത് നിലനിൽക്കുന്നതിന് അടിസ്ഥാനമായി വേറെ യാതൊന്നുമില്ല നിബന്ധന കേവലം ആ തത്വബോധം ഇല്ലായ്മ കൊണ്ട് നിലനിൽക്കുന്നു ഇരുള് നിലനിൽക്കുന്ന എന്തുകൊണ്ട് ഒരേ ഒരു കാരണം മാത്രം വെളിച്ചമില്ലാത്ത കൊണ്ട് മാത്രം മറ്റെന്തെങ്കിലും ഒരു ഇരള് നിലനിൽക്കുന്ന വെളിച്ചമില്ലെന്നേ പറയാൻ പറ്റും അപ്പോ ആ ഇരളിനെ മാറ്റാനോ ഒരൊറ്റ വഴിയോ വെളിച്ചം മാത്രം ഇരള് സ്വാനുഭവമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ സംസാരം മുഴുവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അതിനൊരൊറ്റ ഭേദന്താണ് വിവേകമില്ലായ്മ ജ്ഞാനാഭാവം ആ ജ്ഞാനമില്ല അങ്ങനെയാണെങ്കിൽ ആ ജ്ഞാനം കൊണ്ട് ഇത് അവസാനിക്കും ആ ജ്ഞാനത്തിന് ഇത് അവസാനിക്കണം അല്ലാതെ കർമ്മത്തിന് ഇവിടെ യാതൊരു കാര്യവുമില്ല എന്തിനു വേണ്ടിയ ഈ കർമ്മങ്ങൾ ചെയ്യുന്നു എന്നാദ്യം ചിന്തിക്കണം എന്നാ പറയുന്നത് ഭാഷകാരൻ ആ വൈദികമായ ആ കർമ്മത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു നമ്മളിന്ന് ൗകികമായ കർമ്മത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുന്നു എന്തിനാ ഇതൊക്കെ ഈ കർമ്മങ്ങൾ ഈ കർമ്മങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നോണ്ട് യാതൊരുക്കുന്നുണ്ട് ചെയ്തിട്ടില്ല ഗുണമുണ്ടും അവന്റെ ക്ഷുദ്രമായ അല്പമായിരിക്കുന്ന അവന്റെ അഹന്തയെ സന്തോഷിപ്പിക്കും അത് ചെയ്യുന്നു അതുകൊണ്ടാണ് കർമ്മത്തിൽ നിൽക്കുന്നത് എന്തുകൊണ്ട് കർമ്മത്തിൽ നിൽക്കുന്നു കർമ്മത്തെ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു കാരണം അത് അഹന്തയെ സന്തോഷിപ്പിക്കുന്നു അത് കാമത്തെ സന്തോഷിപ്പിക്കുന്നു പറയുന്നു ഞാൻ സത്കർമ്മമാണ് ചെയ്യുന്നത് നിസ്വാർത്ഥമാണ് ചെയ്യുന്നത് എനിക്കൊരാഗ്രഹങ്ങളുമില്ല എന്ന് പറയും വളരെയധികം ആഗ്രഹങ്ങൾ സൂക്ഷിച്ചുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു ആഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ കർമ്മം നിലനിൽക്കുന്നത് ആഗ്രഹമില്ലാതെ കർമ്മം നിലനിൽക്കത്തില്ല നിഷ്കാമതയിൽ അവിടെ കർമ്മമില്ല അത് നൈഷ്കർമ്മസിദ്ധിയാണ് അവിടെ കർമ്മം ഇവിടെ ഇപ്പം നിലനിൽക്കുന്നുണ്ടെങ്കിൽ കേവലം തുച്ഛമായി അഹന്ത ആശ്രയിച്ച് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ കാമനകളുണ്ട് എനിക്കങ്ങനെ ഒന്നുമില്ല എനിക്ക് എന്താ വേണ്ട ഒന്നും വേണ്ട ഞാൻ എല്ലാം ഉപേക്ഷിച്ചവനോട് ത്യാഗിയാണ് ത്യാഗിയായതുകൊണ്ട് എനിക്കൊന്നും ആവശ്യമില്ല ഇന്നലെ ഇവിടെ കാമനകൾ കാണും അല്പമായ കാമനകൾ കാണും അതില്ലാതെ കർമ്മം നിലനിൽക്കത്തില്ല അതുകൊണ്ട് അതിനെ ആശ്രയിച്ചിരിക്കുന്ന ഈ കർമ്മം കാമനകളെ ആശ്രയിച്ചു ഈ കർമ്മം അതിനങ്ങനെ മോക്ഷത്തു കൊടുക്കാൻ കഴിയും അതിനങ്ങനെ ഈ സംസാരത്തെ അവസാനിപ്പിക്കാൻ കഴിയും സാധ്യമല്ല കാരണം ആ കാമനകൾ വീണ്ടും കർമ്മത്തിന് കാരണമായിത്തീരും അത് വീണ്ടും ശരീരത്തിന് കാരണമായിത്തീരും അതുകൊണ്ട് ഈ കർമ്മത്തെ വിശ്വസിക്കരുതെന്ന് കർമ്മത്തെ ആശ്രയിക്കരുതെന്ന് ചെരുക്കും അതാണ് ഭാഷകാരൻ പറയുന്നത് അയ്യോ അതിപ്പോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ എന്തെങ്കിലും പണി നോക്കും ഇവിടെ പറയുന്ന ഇതാണ് ഭാഷകാരൻ യാതൊരു ദൈവം ദാക്ഷിണ്യം ഇല്ലാതെ പറയുന്നു ഇല്ലെങ്കിൽ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഈ പറഞ്ഞതാണ് വിവരമില്ലാന്ന് ധരിക്കുക അത് മറ്റൊരു വഴിയാണ് അങ്ങനെയാണെങ്കിലും മറിച്ചാണെങ്കിലോ ഈ കർമ്മം പല വഴിക്കും ചിന്തിച്ചു നോക്കിയാണ് ഭാഷകാരൻ ഏതെങ്കിലും തരത്തിൽ ഈ കർമ്മം കൊണ്ട് മോക്ഷത്തെ ഉണ്ടാക്കി നമ്മളെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്കുക ഏതെങ്കിലും വഴി ഒരു വഴിയില്ല അതിനാണ് ഇന്നും എന്നും പ്രചരിച്ചിരുന്ന ഈ അനാരംഭവാദം ഇത് എല്ലാ കാലത്തും ഉള്ളതാണ് മനുഷ്യൻ ചെയ്യുക പിന്നെ മോക്ഷം സാധ്യമല്ല എന്ന് പറയുന്നു അങ്ങനെ പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാകണേ അങ്ങനെ കർമ്മയോഗവുമായി ബന്ധമില്ല കർമ്മയോഗത്തെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത് കർമ്മത്തെ നിഷേധിക്കുക എന്ന് പറയുമ്പോൾ കർമ്മയോഗത്തെ നിഷേധിക്കുക സത്കർമ്മത്തെ നിഷേധിക്കുക എന്ന് കർമ്മയോഗത്തെ നിഷേധിക്കുകയല്ല വീണ്ടും പിന്നെ കർമ്മയോഗം എന്താണെന്ന് ചോദിച്ച് ഭീതിയിലേക്ക് മടങ്ങിപ്പോകരുത് അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിത്യാനാംശ് അകരണം അനുപത്തിരി നിത്യകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക എന്നു പറഞ്ഞതാണ് കർമാഭാവമാണ് അതുകൊണ്ട് പ്രത്യവായ അനുപത്തി പ്രത്യവായങ്ങൾ പാപം ദുഃഖം അതുണ്ടാകത്തില്ല ഇതൊക്കെ മീമാംസകരുടെ മതമാണ് പരാം പോകുന്ന വരും ജന്മങ്ങളുടെ ദുഃഖത്തെയാണ് പ്രത്യായം എന്ന് പറയുന്നത് അത പൂർവ ഉപചിതൃദ്ധേഭ്യാപ്യമാണ പ്രത്യവായക്കിയ നിത്യാകരണംക്ഷണമിതി ശത്രുനാനുഭൂതി അപ്പോ പക്ഷികാരന് മനുസ്മൃതി പ്രമാണമാണ് അതിനും പ്രമാണമാണ് ഗൌതമസ്മൃതി തഥശേഷികൾ ഗൌതമസ്മൃതി മനുസ്മൃതി പറയുന്നു അക്കുറവൻ വിഹിതം കർമ്മ നിന്ദിതം ച സമാചരം അപ്പുർവൻ വിഹിതം ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകൾ ചെയ്യുക ഭോഗങ്ങളിൽ മുഴുക ജീവൻ ഇത്രയും കൊണ്ട് നരഹ പതനം വലിച്ചതി മനുഷ്യൻ പതിക്കുന്നു ജീവന് അധോഗതി സംഭവിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അക്കുറവൻ വിഹിതം കർമ്മ വിഹിതമായ കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പതിക്കുമെന്ന് മനുസ്മൃതി പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറയുന്നു എല്ലാ കർമ്മവും ഉപേക്ഷിക്കുന്നു കർമ്മം കൊണ്ട് സാധ്യമല്ലാന്ന് പറഞ്ഞു നിത്യം നൈമേദ്യം കാമ്യം നിഷിദ്ധം സർവത്തെ ഉപേക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ മനസൂർന്നു വിഹിതകർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പതിക്കുമെന്നും പറഞ്ഞു രണ്ടുംകൂടെ എങ്ങനെ ശരിയാകും സ്മൃതിയെ പ്രമാണമായി സ്വീകരിക്കുന്ന ആളാണ് പ്രാപ്യമാണായ പ്രത്യവായക്രിയായ നിത്യാകരണം ലക്ഷണമിതി അക്കുറവൻ വിഹിതം കർമ്മ ഇതിഹി ശത്രു നാനുപത്തി അവിടെ അല്പം വ്യാകരണം പറയാണ് അക്കുറവൻ എന്ന് പറയുന്നത് ശത്രുന്ധമാണ് കുറവൻ അക്കുറവൻ പച്ചൻ പഠൻ ഗച്ഛൻ എന്നെല്ലാം പറയുന്ന ശത്രുമാണ് ശത്രു പ്രത്യയും ലക്ഷണാർത്ഥത്തിന് ഹേത്തു അർത്ഥത്തിന് ഉപയോഗിക്കാറുള്ളു ഇവിടെ അത് ലക്ഷണമായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് ലക്ഷണാർത്ഥത്തിൽ ഹേത്തുവർത്ഥത്തിലല്ല എന്നാണ് പറയുന്നത് ലക്ഷണാർത്ഥത്തിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് അതൊരു ലക്ഷണമായിട്ട് എടുക്കുക അതിന് വ്യാകരണത്തിൽ ഉദാഹരണം പറയുന്നത് യവനത്തെ യവനന്റെ സ്വഭാവം എന്താണോ കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക നടന്നുകൊണ്ട് ഭക്ഷണം ഭക്ഷണം കഴിക്കുക അതൊക്കെ യവനന്മാരുടെ സ്വഭാവമാണ് മലയാളികളുടെ ഇന്ത്യക്കാരുടെ സ്വഭാവമല്ല നിജ സദാചാരമല്ലെന്നറിയാം ുമ്പ് ദുരാചാരമായി കണക്കാക്കിയിരുന്നതാണ് അതുകൊണ്ട് യവനന്മാരെ അടയാളമായിട്ട് പറയാം യവനെ കണ്ടാ തിരിച്ചറിയും യവനെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് തോന്നുന്ന ആൾക്കാർ പണ്ട് ഗ്രീക്കിൽ നിന്നും മറ്റും വന്നവരാണ് യവനന്മാരെന്ന് പറയുന്നത് അപ്പൊ അവർക്ക് സദാചാരമില്ലാത്ത സനാതനധർമ്മങ്ങളൊന്നും അവർക്കറിയത്തില്ല അവരുടെ നാട്ടിലെ ആചാരമനുസരിച്ച് അവര് ഭക്ഷണം കഴിക്കും അപ്പൊ അവര് മറ്റേ അങ്ങനെയല്ല ഇരുന്നുകൊണ്ടേ ഭക്ഷണം കഴിക്കാവും അതാണ് നിയമം ഇവിടത്തെ നിയമം വിരുദ്ധമായ ഒരു ഭക്ഷണം കഴിക്കണം നിന്നും നടന്നും കിടന്നും അപ്പോൾ ഒരു യവനനെ തിരിച്ചറിയണമെങ്കിൽ ഇത് മതി ഇതാണ് ഭാരതീയനെല്ലാം ഇവിടെ വലിയ നമ്മൾ ഭാരതീയന്മാരെന്നൊക്കെ പറഞ്ഞ് വലിയ അഭിമാനത്തോടു കൂടിയൊക്കെ നടക്കുന്ന ഇന്നത്തെ ആൾക്കാർ മുഴുവൻ യവനന്മാരാണ് കാരണം ഇതെല്ലാം ചെയ്യാറുണ്ട് നിന്നും നടന്നു അഭിമാനത്തിലും പറച്ചിലും മാത്രമേ ഉള്ളൂ സനാതനധർമ്മവും കാര്യങ്ങളും ആചാരത്തിൽ വരുമ്പോൾ എല്ലാ യവനന്മാരാണ് അപ്പൊ അവിടെ ശയാന ശയാന ശത്രു ശാനചന്ദ്ര രണ്ടുപൊരത്തിലാണ് ലക്ഷണഹേതു ക്രിയായഹ പാണിനി പറയും അപ്പൊ അവിടെ അതൊരു അങ്ങനെ ഒരു ലക്ഷണമായി പറഞ്ഞിരിക്കുകയാണ് ഹേതുവായിട്ടല്ല ഹേതുവായിട്ട് ഉപയോഗിക്കും ശത്രു ചാനാണ് ഹരിൻ ഹരി പശ്യൻ മുച്ചു പറയുന്നു ഹരിയെ സാക്ഷാത്കരിക്കുന്നവൻ മോചിക്കുന്നു പശ്യൻ ശത്രുന്തോണു അവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നത് ഹേത്തുവർത്തൽ ഹരിയുടെ ദർശനം മോക്ഷത്തിന് ഹേതുവാണ് ഒരേ ശബ്ദരൂപം തന്നെ രണ്ട് സ്ഥലത്തിന് രണ്ടർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു ഒരിടത്ത് ലക്ഷണാർത്ഥത്തിൽ അതൊരു ലക്ഷണം അടയാളം എന്നുള്ള അർത്ഥം വേറെ അടുത്ത് ഹേതു അർത്ഥത്തിൽ ഹരി പശ്യൻ ഹരിയെ കാണുന്നവൻ ഉച്ചതെ മോചിക്കുന്നു ഹരിയെ കാണുന്നവൻ എന്ന് പറയുമ്പോൾ അത്രയല്ല എൻ്റെ അർത്ഥം ഹരിയെ കണ്ടത് കൊണ്ട് എന്നാണ് അർത്ഥം ഹരിയെ കണ്ടത് കൊണ്ട് അവൻ മോചിക്കുന്നു അപ്പം ഹരിയെ കണ്ടത് ഹേതുവായി ഹരിയുടെ സാക്ഷാത്കാരം മോക്ഷത്തിന് ഹേതുവായെന്നുള്ള അർത്ഥം അവിടെ നിന്ന് കിട്ടുന്നു ആ അർത്ഥം അവിടെയുണ്ട് അത് അങ്ങനെയാണ് ആ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെ നിത്യാകരണം അത് എന്താണ് പൂർവോപചിത ദുരിതേഭ്യപ്രാപ്യമാണ് പൂർവസഞ്ചിതമായ പാപങ്ങളിൽ നിന്നും പ്രാപിക്കുന്ന പ്രത്യവായക്രിയ എന്ന് വെച്ചാൽ ആഗാമി ദുഃഖം അതിന് നിത്യകരണം ലക്ഷണം അത് ഹേതുവല്ല കേവലം ലക്ഷണമാണോ നിത്യം അതാണ് സഞ്ചിതമായ കർമ്മങ്ങളിൽ ആ പാപത്തിന് ലക്ഷണമായിരിക്കുന്നു അല്ലാതെ നിത്യ അകരണം കൊണ്ട് അത് നശിക്കുന്നു എന്നുള്ള അർത്ഥത്തില്ല പാപം നശിക്കുന്നു എന്നുള്ള അർത്ഥമല്ല അവൻ നിത്യകർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കുന്നില്ല അവൻ പൂർവ്വ കർമ്മങ്ങളിൽ നിന്ന് വന്ന പാപം അനുഭവിച്ചു കൊണ്ടുപോയിരിക്കുന്നു മനസ്സിലാക്കാനേ ഉള്ളൂ അല്ലാതെ നിത്യകർമ്മങ്ങൾ ചെയ്യുന്നു അതുകൊണ്ട് പാപം നശിക്കുന്നു എന്നല്ല ചെയ്യാതിരിക്കുന്നു അവൻ പാപം അനുഭവിച്ചു അതാണ് അക്കുറവൻ മിഹിതം കർമ്മ വിഹിതകർമ്മങ്ങൾ ചെയ്യാതിരുന്നു അവന് പാപം ഉണ്ടാകുമെന്ന് പറയുന്നതിന് താല്പര്യം അതാണ് ഇത് ഹി ശത്രു എന്നാനുഭൂത്തി ഇവിടെ ശത്രു ഹേതു പാപങ്ങൾ ഉണ്ടായെന്നും നിത്യകർമ്മങ്ങൾ ചെയ്താൽ പാവം നശിക്കുമെന്നും അങ്ങനെ അർത്ഥമില്ല നിത്യകർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നു ശരിയാണ് അവൻ പാവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് ആ ശത്രുപ്രത്യത്തിന്റെ പ്രയോഗത്തിൽ വരുന്ന അർത്ഥവ്യത്യാസം കൊണ്ട് ഇവിടെ സിദ്ധാന്തത്തിന് തകരാറൊന്നും വരത്തില്ല പ്രയോഗം ഈ അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞ് സിദ്ധാന്തത്തിനനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുന്നു അന്യത്യാ അഭാവാ ഭാവോത്പത്തി സർവ്വപ്രമാണ വ്യാഹോമം എന്തുകൊണ്ടിങ്ങനെ വ്യാഖ്യാനിക്കുന്നു നിങ്ങളുടെ സിദ്ധാന്തത്തെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് വ്യാകരണത്തെ ഉപയോഗിച്ച് വ്യാഖ്യാനിക്കുകയാണ് ഭാഷ ഉപയോഗിച്ച് പാണ്ഡിത്യം ഉപയോഗിച്ചിട്ട് സ്വന്തം സിദ്ധാന്തത്തെ സമർത്ഥിക്കുകയാണല്ല പാണ്ഡിത്യം മാത്രമല്ല അനുഭവ യുക്തിയും എല്ലാം അതിന് നിരക്കുന്നതാണ് എന്തുകൊണ്ട് അഭാവാദ് ഭാവോത്പത്തി അത് സംഭവിക്കുന്നില്ല നിത്യാകരണമെന്ന് വരുന്ന അഭാവമാണ് ില്ലായ്മയാണ് അതിൽ നിന്നുണ്ടാകുക പാപനാശം അഭാവമൊന്നിനും കാരണമല്ല അത് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അഭാവത്തിൽ നിന്നും അഭാവോത്പത്തിൽ ദോഷം വരും നമ്മുടെ അനുഭവത്തിന് ഈത്തേക്കും നിരക്കാത്ത ഒന്നിനെ നമ്മൾ സ്വീകരിക്കേണ്ടി വരും സിദ്ധാന്തം സ്വീകരിക്കേണ്ടി വരും സർവപ്രമാണ വ്യാകോപ അത് സർവപ്രമാണങ്ങൾക്കും വിരുദ്ധമാണ് മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമല്ല അത് അതുകൊണ്ടാണ് ശരിയായ രീതിയിലുള്ള അർത്ഥം പറഞ്ഞത് അല്ലെങ്കിൽ ശത്രു എന്തോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതർത്ഥം കൊടുക്കാം ഏത്തുമർത്ഥം കൊടുക്കാം ലക്ഷണാർത്ഥം എടുക്കാം അപ്പോൾ അത് വിവേകപൂർവം ഇവിടെ അങ്ങനെ ഒരു ലക്ഷണാർത്ഥം എടുത്തേതുകൊണ്ട് അല്ലെങ്കിൽ അഭാവത്തിൽ നിന്ന് ഭാവ ഉത്പത്തി അത് സ്വീകരിക്കേണ്ടി വരും നിത്യകർമ്മം ചെയ്യാതിരിക്കുന്നതുകൊണ്ട് അതിന്റെ ഫലമായി ഒരു പാപനാശം അങ്ങനെ ഒന്നുണ്ടായി സ്വീകരിക്കേണ്ടി അതെല്ലാം നിർത്തും അതോ അയത്നത സ്വാത്മന്യ അവസ്ഥാനം അനുപന്നം അതുകൊണ്ട് നേരത്തെ എന്താണ് പറഞ്ഞത് പൂർവ ദുരിതങ്ങളെല്ലാം ഇതോടെ അവസാനിക്കും എന്ത് ചെയ്യണം അയത്നത ഒന്നും ചെയ്യേണ്ടതിരിക്കുക സത്കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക സ്വാർത്ഥത ഒന്നും വിചാരിക്കാതിരിക്കുകകളൊന്നും വയ്ക്കാതിരിക്കുക ദുഷ്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക മികർമ്മകളെ ഒഴിവാക്കുക നല്ല പ്രവൃത്തികൾ ജീവിക്കുക അവസാനം മോക്ഷം സാധ്യമല്ല ഉപനിഷ്രവണം കൂടാതെ നിഷ്കാമക്രമ അനുഷ്ഠാനം കൂടാതെ തത്വബോധം ഉണ്ടാകാതെ മോക്ഷം സാധ്യമല്ല അതിന് പ്രമാണമോ യുക്തിയോ ഇല്ല അല്ലാതെ ഇപ്പം വേണമെങ്കിൽ ഒരാൾക്ക് വിശ്വസിക്കാം എന്തെങ്കിലും അതുകൊണ്ട് അത അയത്നത സ്വാത്മന്യവസ്ഥാനം അങ്ങനെ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് അത്യാവശ്യം കർമ്മങ്ങൾ ചെയ്ത് സ്വാത്മന്യവസ്ഥാന രൂപത്തിലുള്ള മോക്ഷം സ്വരൂപസ്ഥിതി അതനുപന്നമാണ് അതിന് യാതൊരു എന്ന് പറയുന്നത് നിഷേധിച്ചത് യൂക്തം നിരധിശയ പ്രീദേഹ് സ്വർഗശബ്ദവാച്യായ കർമ്മനിമിത്ത കർമ്മ ആരഭ്യ ദൈവം മോക്ഷം ഇത് ചെയ്യൽ ഇനി കർമ്മം കൊണ്ടുതന്നെ മോക്ഷം എന്ന് പറഞ്ഞാലും അങ്ങനെ വരുന്നുണ്ട് എന്താ കർമ്മത്തിന്റെ ഫലം സ്വർഗം സ്വർഗമെന്ന് വെച്ചാൽ എന്താണ് അത് സുഖം തന്നെ ആ വേറെ അർത്ഥമൊന്നും എടുക്കുന്നുണ്ട് കർമ്മം ചെയ്താലും ശരി എന്താ കിട്ടുന്ന സുഖം തന്നെ ഇത് മോക്ഷം എന്ന് വരുന്ന ഒരു ധാരാളം പേരുണ്ട് എന്താണോ കർമ്മം ചെയ്യുക കർമ്മത്തിൽ നിന്ന് ആനന്ദം ഉണ്ടാക്കുക നമ്മളങ്ങനെയാ കർമ്മം ചെയ്യുക നമ്മൾ ചെയ്യുന്ന സത് സത്പ്രവൃത്തികളെല്ലാം അത് അതിൽ നിന്നല്ല നമ്മൾ എന്തു ചെയ്യുന്നു ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് ചോദിച്ചാൽ എന്ത് പറയും പ്രവൃത്തി ചെയ്യുന്നത് എനിക്ക് സന്തോഷമാണ് അപ്പൊ പ്രവൃത്തിയിൽ നിന്ന് സന്തോഷം ഇത് തന്നെ മോക്ഷം അല്പം കൂടി തെളിച്ചു പറഞ്ഞാ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നതാണ് എന്തുകൊണ്ട് നിങ്ങളുടെ റോഡ് ക്ലീൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ആ സന്തോഷമാണ് സന്തോഷം തരുന്നു ഏത് പ്രവൃത്തി അങ്ങനെയാണ് എന്തുകൊണ്ട് സന്തോഷം തരുന്നു അത് എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അന്യർക്ക് വേണ്ടിയാണ് സമൂഹത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പൊ എനിക്കത് സന്തോഷം തരും ആത്മനിർവൃതി ഇത് പറയുന്നത് നമ്മുടെ സാധാരണ അനുഭവമാണ് ഏത് പ്രവൃത്തി ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു ഏതുവരെ എന്താ ഇത്രയും കാലം വേദാന്തം ഒക്കെ എന്താ ഫലം വേണ്ടി ചോദിച്ചു എന്തിനാ ഇത് ചെയ്യുന്നു സന്തോഷമാണ് വലിയ സന്തോഷമാണ് യാതൊരു പുരോഗമനവും ഇല്ല തുടങ്ങിയതിനെക്കാളും കഷ്ടം എനിക്ക് സന്തോഷം തരുന്നു അതാണിപ്പോ ഭാഷകാരം നിഷേധിക്കുന്നത് കർമ്മം കൊണ്ട് നിരതിശയമായ അവൻ മടിയനാണ് കർമ്മം ചെയ്യാൻ താല്പര്യം ഇല്ല ഞാനിങ്ങനെയല്ല ഞാൻ ഉത്സാഹിയാണ് എനിക്ക് കർമ്മം ചെയ്യാൻ താല്പര്യമുണ്ട് എന്തുകൊണ്ട് എനിക്കത് സന്തോഷമാണ് ഇതാണ് ഇതിനുവേണ്ടി കർമ്മം ചെയ്യും അത് സത്കർമ്മമാണ് തീർച്ചയായിട്ടും നിസ്വാർത്ഥ കർമ്മമാണ് നിഷ്കാമകർമ്മമാണ് എല്ലാമാണ് പക്ഷെ കർമ്മയോഗമല്ല എന്തുകൊണ്ട് ഇവിടെ കാമനയുണ്ട് എനിക്കത് സന്തോഷം തരുന്നു എന്റെ സന്തോഷത്തിന് വേണ്ടി കർമ്മം ചെയ്തു എന്റെ കർമ്മം എന്റെ സന്തോഷത്തിന് വേണ്ടി കർമ്മം ചെയ്തിട്ടുള്ള നിഷ്കാമം ഒന്നും നമ്മൾ പേരിട്ട് വിളിക്കുകയും ചെയ്യുന്നത് എന്നിട്ട് പറയുന്ന എന്താണ് അത് പരാർത്ഥം കർമ്മം ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി കർമ്മം ചെയ്യണം വാസ്തവത്തി എന്നതിനു വേണ്ടിയാണ് കർമ്മം ചെയ്തത് നിരദിശയ പ്രീതി തനിക്കൊരു സന്തോഷം വേണം അതിന് വേണ്ടിയിട്ടാണ് അത് പലരുടെയും മേലിൽ പഴി ആരുകയാണ് വേണ്ടിയാണ് ഇവർക്ക് വേണ്ടിയാണ് ലോകത്തിന് വേണ്ടിയാണ് അവസാന അത് ഇതിനെപ്പറ ഒരു മോക്ഷം പ്രതീക്ഷിക്കാനുള്ള എന്തുകൊണ്ട് ഇതിന് നിരതിശയമായ പ്രീതിയാണ് വളരെ സന്തോഷമാണ് അപ്പോ കർമ്മയോഗത്തിന്റെ ആ രഹസ്യം അത് അത് കൂടിയിട്ടുന്നില്ല എന്നാൽ കർമ്മത്തിൽ ഒരുവൻ മുഴുകുന്നുണ്ട് കർമ്മത്തിൽ നിന്ന് ആനന്ദം നേടുന്നുണ്ട് ഈ പക്ഷത്തിൽ നിഷേധിക്കുന്നു അതല്ല പ്രവൃത്തി നല്ലതാണ് പക്ഷെ ഇത് മോക്ഷത്തിനുതകുന്ന പ്രവൃത്തിയല്ല അത് പ്രവൃത്തിയുടെ ദോഷമല്ല പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയുടെ മനോഭാവം എന്തുകൊണ്ടായാൽ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു അപ്പൊ പരാർത്ഥമായി ചെയ്യുന്ന കർമ്മങ്ങൾ പോലും ആത്യന്തികമായി സ്വാർത്ഥതയിലേക്ക് വരുന്നു അല്ല അതുകൊണ്ട് പരാർത്ഥം കർമ്മം ചെയ്യരുതെന്നല്ല പരാർത്ഥം തന്നെയാണ് കർമ്മം ചെയ്യേണ്ടത് അതിനെ തന്നെയാണ് നിത്യകർമ്മം എന്ന് പറയുന്നത് സ്വാർത്ഥമായി കർമ്മം ചെയ്യാൻ പാടില്ല പക്ഷെ പരാർത്ഥമായി വരുന്ന കർമ്മം പോലും സ്വാർത്ഥതയിൽ അവസാനിക്കാൻ പാടില്ല അത് ആത്മസുഖത്തിന് വേണ്ടി ആയിരിക്കരുതെന്നാണ് അതാകാൻ പാടില്ല നിരദ്ശയപ്രീതി കർമ്മനിമിത്തത്വ സ്വർഗത്തിന് ആ അർത്ഥമെടുത്താൽ മതി സുഖം അതാണ് കർമ്മത്തിന് നിമിത്തമായിരിക്കുന്നത് അതുകൊണ്ട് കർമ്മ ആരാധയവ മോക്ഷം എന്ന് വെച്ചാൽ കർമ്മ അനുഷ്ഠാനം തന്നെ മോക്ഷം കർമ്മം ചെയ്യുന്നു അതിൽ നിന്ന് സുഖം ഉണ്ടാകും ശരി മോക്ഷം അവസാനിച്ചു അവിടെ കർമ്മം പ്രവർത്തിച്ചു കൊണ്ടേ അവിടെ കർമ്മം എന്തെയ്യുന്നു ആനന്ദമായ പുണ്യ ഫലത്തെ ഉണ്ടാകും ആ കർമ്മം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് സന്തോഷം വരുന്നു അത്രയും ശരിയാണ് കർമ്മം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് സന്തോഷം വരുന്നു ആ സന്തോഷം സുഖത്തിന് കാരണമായിരിക്കുന്ന എന്താണ് പുണ്യം ആ കർമ്മ പുണ്യത്തെ ഉണ്ടാകുന്നത് ആ പുണ്യം അതിന്റെ മുഖ്യഫലമാണ് സുഖം അവാന്തരഫലങ്ങൾ ഇനിയുണ്ട് എന്താണ് ശരീരധാരണവും അപ്പൊ അതല്ല മോക്ഷം പുണ്യം കൊണ്ടോ പാപം കൊണ്ടോ ഇത് രണ്ടും സഞ്ചയിക്കുന്നുണ്ട് സാധ്യമല്ല അതുകൊണ്ട് ഇനി അങ്ങനെ ആരും ധരിച്ചു കളയായിരുന്നു എന്നെങ്ങനെ പ്രതി കൂട്ടിക്കയറ്റാമെന്നുള്ളതാണ് ഓരോരുത്തരുടെയും ചിന്ത ഞാൻ പറഞ്ഞ ഇനി ക്ലീനിങ് ചെയ്യണ്ടെന്ന് പറഞ്ഞെന്നും ധരിച്ചു കളയായിരുന്നു ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നു നമ്മളെ മുമ്പിലുള്ള ഉദാഹരണങ്ങളേ പറയാൻ പറ്റൂ അല്ലാതെ വൈദികന്മാരുടെ നിത്യ അഗ്നിഹോത്രത്തെ കുറിച്ച് പറഞ്ഞിട്ട് ധൈര്യമുണ്ടോ കാര്യമില്ലല്ലോ സന്ധ്യാവന്തനത്തെ കുറിച്ച് പറഞ്ഞിട്ട് പ്രയോജനമുണ്ടോ അപ്പൊ പിന്നെ പറയണ്ടത് നമ്മുടെ മുമ്പിലുള്ള കർമ്മം അവിടെ അതിനെയാണ് ഇവിടെ ഭാഷകാരണം പറയുന്നത് ആനന്ദം കർമ്മത്തിൽ നിന്ന് നേരിട്ടുണ്ടാകുന്നു അതുകൊണ്ട് ആ കർമാനുഷ്ഠാനം തന്നെ കർമാനുഷ്ഠാനത്തിൽ മോക്ഷം കിട്ടുന്നു എന്നാ പറയുന്നു അതല്ല എന്തുകൊണ്ട് തന്ന അതും ശരിയല്ല നിത്യത്വം അത് മോക്ഷം നിത്യ വ്യത്യാസമാണ് കാരണം ഇവൻ കർമ്മം ചെയ്യുന്നു ഈ പരാർത്ഥമായി തന്നെ കർമ്മം ചെയ്യുന്നു നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുന്നു നിഷ്കാമമാണെന്ന് ധരിച്ച് കർമ്മം ചെയ്യുന്നു എന്തുകൊണ്ടവൻ കർമ്മം ചെയ്യുന്നത് മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടിട്ടല്ല ഇവന് കർമ്മം ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല എന്തെങ്കിലും ചെയ്തേ പറ്റൂ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്നതിനും നല്ലത് ഉപകാരം ചെയ്യുന്നതാണല്ലോ അപ്പോ അവൻ അവശനായി കർമ്മം ചെയ്യുകയാണ് അങ്ങനെ അവശനായി കർമ്മം ചെയ്യുമ്പോ അവന് കർമ്മം ചെയ്യുമ്പോഴേ ഉള്ളൂ ഫലം ഇല്ലാത്തപ്പോ ഫലമില്ല കർമ്മം ചെയ്താൽ അവനാനന്ദിക്കും കർമ്മം ചെയ്തില്ലെങ്കിൽ ഒന്നുകിൽ ദുഃഖിക്കും അല്ലെങ്കിൽ സുഖമില്ല ദുഃഖമില്ല എന്താ പറയുക എന്താണ് ഇതൊരു മൂഡില്ല എന്താ ഇന്ന് ക്ലീനിങ് നടന്നുണ്ട് അങ്ങനെ അപ്പൊ കർമ്മം ചെയ്താലേ ഉള്ളൂ ആനന്ദം കർമ്മം ചെയ്തെങ്കിൽ ആനന്ദമുള്ളൂ പക്ഷെ മോക്ഷം അങ്ങനെയല്ല കർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദമല്ല നിത്യത്വം മോക്ഷ അത് നിത്യാപ്തസ്വരൂപമാണ് നേരത്തെ പറഞ്ഞു നിത്യസിദ്ധമാണത് അത് നിങ്ങളുടെ കർമ്മത്തെ ആശ്രയിച്ചിരിക്കുന്നില്ല കർമ്മം നൽകുന്ന ആനന്ദമല്ല അത് നീ നിത്യം കിഞ്ചിത് ആരഭ്യതേ എന്താ നിത്യമായിരിക്കുന്ന അതിനെ നിങ്ങൾക്ക് പ്രവൃത്തിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ നിങ്ങളെ പ്രവൃത്തിയിലൂടെ അത് സാധ്യമാവും നിങ്ങളെ പ്രവൃത്തിയിലൂടെ ആദ്യമാകുന്നു നിങ്ങളുടെ സംതൃപ്തി സുഖം ആനന്ദം അതല്ലോ ഇവിടെ പറയുന്ന മോക്ഷം അത് നിങ്ങളുടെ സ്വരൂപം തന്നെയാണ് ആരഭ്യത അത് ഉണ്ടാക്കിയെടുക്കുന്നതല്ല എന്നിവിടെ പറയുമ്പോൾ എന്റെ താല്പര്യം എന്താണോ കർമ്മം ചെയ്യേണ്ടെന്നോ ചെയ്യരുതെന്നോ അത് ശ്രേഷ്ഠമാണെന്നോ നികൃഷ്ടമാണെന്നോ അങ്ങനെയൊന്നുമല്ല ഇവിടെ എന്താണ് തത്വബോധം കർമ്മത്തെ സംബന്ധിച്ചുള്ള ബോധം എന്താണ് ആത്മാവിനെ സംബന്ധിച്ചുള്ള ബോധം എന്താണ് എന്തായിരിക്കണം അതാണ് ഇവിടെ പറയുന്നത് ലോക ഏതാരബം തത് അനിത്യവിധി ലോകത്തെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ അതെല്ലാം നശിക്കും അതിന് കർമ്മത്തിലൂടെ നിങ്ങൾ ശാന്തി സമാധാനവും നേടിയെടുക്കാനും ചെയ്യുക കർമ്മം ഇല്ലെങ്കിൽ അത് അവിടെ കാണത്തില്ല നശു കർമ്മം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അസ്വസ്ഥനാവും കാരണം കർമ്മത്തിലൂടെയാണ് നിങ്ങൾ ആനന്ദത്തെ നേടിയെടുക്കുന്നതെങ്കിൽ കർമ്മം ചെയ്യാതിരുന്നു കഴിയുമ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആനന്ദവും നഷ്ടപ്പെടും അതുകൊണ്ട് കർമ്മ ആരബ്ധോ മോക്ഷ അങ്ങനെ കർമ്മത്തിലൂടെ ഒന്നുണ്ടാക്കിയെടുക്കുന്ന മോക്ഷത്തെക്കുറിച്ചല്ല ഇവിടെ ഭാഷകാരം ചർച്ച ചെയ്യുന്നത് അത് ഇത് ചർച്ച ചെയ്ത് അതിനെക്കുറിച്ചല്ല കർമ്മത്തിന് അതിൻ്റെതായ സ്ഥാനമുണ്ട് അത് കർമ്മത്തെ യോഗാത്മകമാക്കിയാൽ അത് മോക്ഷത്തിന് ഉപകരിക്കും അല്ലാതെ കേവലം കർമ്മം എന്നുള്ളത് വിശേഷമൊന്നുമില്ല അതുകൊണ്ട് അതിനെയും നിഷേധിക്കുന്നു ഇപ്പൊ ഒരു തരത്തിലും കർമ്മത്തെ സ്വതന്ത്രമായിട്ട് വിട്ടുകൊടുക്കാൻ ഭാഷ്യകാരം തയ്യാറല്ല കാരണം മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് കർമ്മ ജടിലമാണ് ആ ജീവന് അവനിൽ നിന്നും ആ കർമ്മത്തെ ഒഴിവാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഭഗവാൻ തന്നെ പറയുന്നത് എന്താണ് എനിക്ക് പോലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ പോലും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു അവനൊരു സാധാരണ ജീവന്റെ കാര്യം പറയാനുണ്ടോ അവന് കർമ്മത്തിൽ നിന്ന് കർമ്മത്തിന്റെ ആ കെട്ടുപാടുകളിൽ നിന്നവന് മോചിക്കാൻ സാധ്യത മോക്ഷം എന്ന് പറയുമ്പോൾ കർമ്മമുക്തിയാണ് അതുകൊണ്ടാണ് അതിനെ നൈഷ്കർമ്മസിദ്ധി എന്ന് പറയുന്നത് ആ കർമ്മമുക്തി എങ്ങനെ സാധിക്കും കർമ്മം ചെയ്യാമെന്ന് വിചാരിച്ചാൽ സാധിക്കും എന്നാൽ ഇനി കർമ്മം ചെയ്യേണ്ടെന്ന് വിചാരിച്ചാലോ അത് സാധിക്കും രണ്ടിലൂടെയും സാധ്യമല്ല അങ്ങനെയാണെങ്കിലും ഇത് വേണ്ട ശല്യം അത് പറ്റത്തില്ല എന്തുകൊണ്ട് അത് ആ ജീവനോട് അഭേദ്യമായിട്ടിരിക്കാൻ പറ്റുന്നു അതുകൊണ്ട് ഒരു ജീവന്റെ മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ മുഖ്യമായും ചിന്തിക്കേണ്ടി വരുന്നത് ഈ കർമ്മത്തെക്കുറിച്ച് അതുകൊണ്ടാണ് ഭാഷകാലം ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ കർമ്മത്തെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് അത് ചർച്ച ചെയ്യുമ്പോൾ അതൊരു വൈദികമായ പശ്ചാത്തലത്തിൽ നോക്കുന്നു എന്നേ ഉള്ളൂ അത് ഏത് കാലത്തെയും എല്ലാ ജീവന്മാർക്കും ഈ കർമ്മങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ നിലനിൽക്കുന്നു അപ്പം അവരെയൊക്കെ സംബന്ധിച്ചത് ഈ കർമ്മബന്ധം അത് ചിന്താവിഷയമാണ് അതുകൊണ്ട് ഇതിനവിടെ ആവർത്തിക്കുന്നു എന്തിനീ കർമ്മം കർമ്മം എന്നിങ്ങനെ പറയുന്നു നമുക്ക് ചിന്ത വരും മറിച്ച് മോക്ഷം മോക്ഷം എന്ന് പറഞ്ഞാൽ പോരെ അതിൽ കേൾക്കാൻ കുറിച്ചിട്ട സുഖം പറയുന്നത് സാധ്യമല്ല കർമ്മോ മോക്ഷ കർമ്മാരബ്ധല്ല മോക്ഷം എന്നാലും നമ്മുടെ ഈ കർമ്മങ്ങളെ പൂർണമായും വിടാൻ സഹായമല്ല എങ്ങനെയെങ്കിലും ഈ കർമ്മത്തെ ഉപയോഗിച്ച് മോക്ഷം നേടാൻ പറ്റൂ കർമ്മയോഗത്തെ വിട്ടിട്ട് ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കർമ്മയോഗത്തെ നിഷേധിക്കുന്നു എന്നുള്ള ഒരു ഭാവിയെ വരാൻ പാടില്ല കർമ്മത്തെയാണ് കർമ്മയോഗം എന്താണെന്ന് അറിയുന്നവൻ അങ്ങനെ ഒരു ചിന്ത വരത്തില്ല കർമ്മം അതിനെയാണ് എടുത്തത് ഏതെങ്കിലും തരത്തിൽ ഈ കർമ്മത്തെ കൂട്ടുപിടിക്കാൻ കഴിയുമോ ഈ കർമ്മത്തോടൊപ്പം അവസാനത്തെ ഒരു കച്ചി തുരുമ്പാണ് അടുത്തടുത്ത് പ്രയോഗിക്കുന്നത് എന്താണോ വിദ്യാസൈതാനാം കർമ്മണം നിത്യാരംഭ സാമർഥ്യം ഇതി പറയുന്നു ശരി ഞങ്ങളുടെ ഈ കർമ്മം ഇരിക്കട്ടെ ഞങ്ങളുടെ ഈ കർമ്മം ചെയ്യുന്നത് അങ്ങനെ വെറുതെയല്ല കർമ്മം ചെയ്യുന്നു ഞങ്ങൾ ഉപനിഷത്ത് ശ്രമിക്കുന്നു വേദാന്തം മനസ്സിലാക്കുന്നു ആത്മാവ് അസന്തമാണെന്ന് മനസ്സിലാക്കുന്നു ഇന്ത്യക്ക് രണ്ടർത്ഥമുണ്ട് ഉപാസനയെന്നും അർത്ഥമുണ്ട് ജ്ഞാനമെന്നും അർത്ഥമുണ്ട് രണ്ടായാലും ശരി ആ ജ്ഞാനം ആ ജ്ഞാനത്തിൽ ഞങ്ങൾ കർമ്മം ജ്ഞാനവും കർമ്മവും കൂടെ ചേർക്കാം ഞങ്ങൾ കർമ്മം ചെയ്യുന്ന വെറും കർമ്മവും അല്ല ജ്ഞാനത്തോടു കൂടി കർമ്മവും ഇതുകൊണ്ട് മോക്ഷം നേടാന്ന് വെച്ചാലോ പറയുന്നു രക്ഷയില്ല അതിനും രക്ഷയില്ല അങ്ങനെ ജ്ഞാനവും കർമ്മവും കൂടെ ചേർത്തുകൊണ്ട് മോക്ഷം നേടാന്ന് വിചാരിച്ചാല് സാധ്യമല്ല എന്നാണ് വിദ്യാസൈതാനാം കർമ്മണാം നിത്യാരംഭ സാമർഥ്യമില്ല അതി പാഠയ നിഷേധിക്കേണ്ട വിരോധ ഇതും ഒരിക്കലും യോജിക്കത്തില്ല ശ്രീ <laughs> <laughs> <laughs> <laughs>